ഹരി ഓ mukhe അചിന്യ kimapituntilam തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തിലംബം Devo Maheshwaraham Guru മഹേശ്വരഹം Param Brahma, ബ്രഹ്മ തസ്മൈ Gurave Namaham व्याप्त ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവ്യാപ്തേ ദക്ഷിണമൂർത്താതിപദ്ധ്യം നീക്കരചരണ നാവോത്രം നൂത്രം നോ ജാതിർന്ന വർണ്ണവതി പുരുഷോ നപുംസം നീ നൈവാരം നി ജനമരണതി പുണ്യം നാപം തോ തും സഹജ സമരസം സദ്ഗുരു തം നമു സദാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാസ്മദാര്യപര്യ വേ ഗുരുപരംപരാഖ്യകട്രഹ്മത്തം യുവാനം വർഷിഷ്ടാ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദമൂർത്തിമാരാമം മുദനം ദക്ഷിണമൂർത്തിമീടേ വേദന്ധവിഭാസാതേ ശാ സാദിനേന്ദ്രസഭപേ യോഗേന്ദ്രവ്യ മോഹധ്വാതരാഗവത്പാദിതേ തസ്മൈ ഭാഷ്യമോസ്തു സതത്തും പൂർണ്ണ ബോധാത്മനി അപാരസിത്സുഖപരിരാശേ യോർമാത്രം ഭുവനം സമസ്ത ഗുഹാഹിതം തുംമണം ഗഭീരം ചിന്വിഹീനം ഹൃദ ചിന്തയാ ദേഹം മൃണ്മയമ്ജടാത്മകഹം ബുദ്ധി നാഹം താത്മസദ്ഭാവത്ത കോഹം ഭാവയു കുതോ വരധിയ ദൃഷ്ടമനിാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണാൂർണസുധാബ്ധേ കപളിതഘനവിശ്വ കിരണാവലിയ അരുണാചല പരമാരുണോഭവ ചിത്തരുണാചലവസ്തി പ്രളീനമേതച്ചിത്രം ഹൃദ്യഹത്മതയാ നൃത്യോ തേ വദി ഹൃദയം നാമ അഹമതി കവിഷ്ടയലധിയ अवगम्यस्व शामुणाचल नीवाब त्यक् विषय बाह्युप्राणेन ऋद्धमनस ध्यान पश्य योगी दीधीतिम अरुणाचल महीय मनसावा पश्यं तवाकया सतत भजते अन प्रीतिया सजय्तरुणाचल सुखे मग्नह हृदय केल ब्रह्म्यहमहमती साक्षा आत्मेण भाति हृद विश मनसा स्व चिंवता मज्जगा पवनचलन आत्मनोव ശോണ പ്രഭം സോമകലാവതം സമ്പസ്ഫുര പഞ്ചശലേക്ഷുചാ പ്രണപ്രിയം നൌമു പികപാണേ കോണത്രയസ് കൂലദൈവനഹ നമുയാമീനലേഖാലുന്തളാ ഭവസന്ർവാണസുധാനദീ ചൂടോത്തു കലിക്കഞ്ഞ്ജിഖാഭാസ്വരൂ ലീലാദഗ്ധവിലോല കാമശലഭശ്രേയോദഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർ താരമോഹതിര പ്രാഗ്ഭാരമുച്ഛാടയ ചേതോന വിജയത്തെ ജാനപ്രദീപോരഹ ശാരദാ ഭോജവദുജസ്മാക്കധി സന്നിധി കിയാത് യോന്ത് പ്രവിശ്യ മമവാചയിമാസുപ്ത സഞ്ജീവയ ഖിലശക്തിധരസ്വതാ അനാശഹസ്തശ്രവണാ പ്രാണോ ഭഗവതി പുരുഷാതുഭ്യം ഹരി ഓ ബോധിത ഭഗവത നാരായ കഥിതമുനി മധ്യേ മഹാഭാരതം അദ്വൈതീ ഭഗവതി അഷ്ടാദാധ്യ അമ്പ ത്വാസന്ദി വൃഷി നമോസ്തു യസാ ബുദ്ധി ഫുലാൻ പത്ര നേത്രയാളൈലൂണ പ്രജ്ലിന്യാ പണ്യ പരിജാതോത്രൈകാണേ ജാ മുദ്രാ കൃഷ്ണ ഗീതമൃദ ദുഹേ നമോപനിഷലോ ഗാഹോ ദോക്ധ ഗോപാ നന്ദന പാഠോശുഖേക്ത ദുഃഖം ഗീതാമൃതം മഹജ വസു വസും ദിവസാണോരമർദന ദമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു ഭീഷ്മദ്രോണതയജല ഗാന്ധാരലീനോല ശല്യവതി കൃപേണ വഹനി കണ്ണേ വേഹുലാ അശ്വത്ഥാന വിതന്നഘോരമകുര്യോധനാവർ സോതേ ഖലു പാടവൈരനദി കൈലക ശജ സരോജമല ഗീതാഥന്ധോത്കടം ലാഖ്യാനേസംഭരികഥോധമാബോധ സജ്ജനഷ്പദൈര പേപീയമാനം മുദ ഭൂയാ ഭാരല പങ്കജം കലിമല പ്രം സിന് ശ്രേയസേ മൂലം കൂദിവാലം പങ്കും ലംഘയലേ ഗിരി യഹം വന്ദേ പരമാനന്ദമാധവം ജീന്ദ്ര രുദ്രമരു ി ദിവ്യൈസൈ വേദൈ സാഗവദക്രമോപനിഷത് ഗായ മനസാ പശ്യം യോഗിനോ ക്ഷ വിദുസുരാസുരഗണ ൂർത്തിന പന്ത്രണ്ടിലേന്ത് പതിനഞ്ച് വരെ പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലേന്ന് പതിനഞ്ചാം ശ്ലോകം വരെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് േയംയക്ഷ്യാദമ്നുത് അതിമത് പദം ബ്രഹ്മ നസദുച്യം തോക്ഷിശിമുഖം ശ്രുതിമല്ലോകൃത്തുഷ്ടി േന്ദ്രിഗുണാഭാസം സർന്ദ്രിവിവർജിതം അസക്തൃച്ചവ നിർഗുണ ഗുണഭോക്തൃശിരന്തശൂത അചരം ചരമേവ സൂക്ഷ്മ തേയം ദൂരസ്ഥം दूरस्थं ചത് ം എത്തപ്രവക്ഷ്യാമി എന്ന് തുടങ്ങി ദൂരസ്ഥം ച അന്തികേച്ചതത് എന്നുള്ള ശ്ലോകം വരെ ഇന്നലെ പറഞ്ഞു അറിയപ്പെടേണ്ടതായ വസ്തു എന്താണ് എന്ന് പറയാം എന്ന് പറഞ്ഞാണ് ഭഗവാൻ തുടങ്ങിയത് ആ വസ്തുവിനെ അറിയുന്നത് കൊണ്ടുള്ള പ്രയോജനവും പറഞ്ഞു യജ്ഞാത്വാ അമൃതം അശ്നത്തെ അതറിയപ്പെട്ടാൽ മരണം ഇല്ലാതായിട്ട് തീരും അമൃതാനുഭവമുണ്ടാകും എന്ന് പറഞ്ഞു അതെന്താണ് അനാധിമത്പരം ബ്രഹ്മ ന സത് തത് ന അസത് ഉച്ചത്തെ അത് ഉള്ളത് ഇല്ലാത്തത് എന്നുള്ളതിനൊക്കെ അതീതമായിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ ബ്രഹ്മത്തിനെ തന്നിൽ അറിഞ്ഞ ജ്ഞാനി പ്രപഞ്ചത്തിലും മുഴുവനും എല്ലാ നാമരൂപങ്ങളും ആ ഭഗവാന്റെ തന്നെ നാമരൂപങ്ങളായിട്ട് കാണുന്നു അതാണ് സർവതഃ പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം സർവതശ്രുതിമല്ലോകെ സർവം ആവൃത്തിയ തിഷ്ഠതി എല്ലാത്തിലും നിറഞ്ഞു വ്യാപിച്ചു നിൽക്കുന്നു എല്ലാ കൈയും കാലും തലയും എല്ലാവരിലൂടെയും പ്രവർത്തിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ് എല്ലാ കൈയും കാലും തലയുമൊക്കെ ആ തന്നെയാണ് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ആ ഭഗവാൻ തന്നെയാണ് കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ചെയ്യുന്നത് എന്നാലോ ഒന്നിനോടും സംഘമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നു അസക്തം സർവകൃച്ഛൈവ നിർഗുണം ഇത്രയും ശ്ലോകമാണ് ഇന്നലെ കണ്ടത് ആ ഭഗവത് ഉള്ളും പുറവും വ്യാപിച്ചിരിക്കുന്നു ഭഗവാൻ ബഹിരന്തശഭൂതാണരം ചരമേവചരം സൂക്ഷ്മേയം ദൂരസ്ഥംച്ച് അന്തികേച്ച് തത് ഇത്രയധികം വളരെ അടുത്തിരുന്നിട്ടും ഭഗവാൻ എവിടെ എന്ന് ചോദിക്കുന്നു എന്തുകൊണ്ട് ഭഗവത് സാക്ഷാത്കാരവും ഉണ്ടാവുന്നില്ല ഉള്ളിലും ഉണ്ട് പുറത്തും പറഞ്ഞാലും എന്തെ കാണാൻ വയ്യ സൂക്ഷ്മത്വാത് തത് അവിജ്ഞേയം ദൂരസ്ഥംച്ച് അന്തികേച്ച വളരെ അടുത്താണ് ഇരിക്കുന്നത് इन अड़का वैया अत्र अन तथा प्रत्यगात्नमेक्ष्य देहमेवधि <coughs> सूक्ष्म तद विज्ञेय दूरस्थंके तत् भगवत्सक्षात्कार वाले एलुपान കാരണം ഭഗവാൻ വളരെ സുലഭമാണ് എന്നൊരു വശത്ത് പറഞ്ഞു എന്തുകൊണ്ടാ സൗലഭ്യം ഭഗവാൻ നമുക്ക് സിദ്ധവസ്തുവാണ് കിട്ടിയിട്ടുള്ള വസ്തുവാണ് നമ്മളുടെ തന്നെ സ്വരൂപമായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും ഭഗവത് തത്വം തന്നെയാണോ പ്രവർത്തിക്കുന്നത് കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതും മൂക്കിലൂടെ മണക്കുന്നതും നാവിലൂടെ രൂചിക്കുന്നതും ത്വക്കിലൂടെ സ്പർശിച്ചറിയുന്നതും എല്ലാത്തിനും മൂലകാരണമായി ഭഗവാൻ തന്നെയിരിക്കുന്നു അനേക നാമരൂപങ്ങളായി പിരിഞ്ഞിട്ടുള്ളതിലൊക്കെ ഏകമായ വസ്തുവായി ബോധസ്വരൂപമായിട്ട് ചൈതന്യസ്വരൂപമായിട്ട് ഭഗവാനിരിക്കുന്നു എന്നിട്ടും ഞങ്ങൾക്ക് കാണാൻ വയ്യ ദൂരസ്ഥം കുറച്ചുപേർ ഭഗവാൻ ഉണ്ട് എന്നും കുറച്ചുപേർ ഭഗവാനില്ല എന്നും നാസ്തികന്മാരും ആസ്തികന്മാരുമായിട്ടിരിക്കുന്നു രണ്ടുപേർക്കും സത്യം പിടിയില്ല യണവർ വിശ്വാസത്തിനെ വെച്ചുകൊണ്ടാണ് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഇല്ല എന്ന് പറയുന്നവർക്കും വലുതായിട്ട് കാണിക്കാൻ പ്രമാണമൊന്നുമില്ല വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ദൂരസ്ഥം അന്തികച്ചത് അത് വളരെ വിദൂരത്തിലാണ് ആർക്ക് ദൃഷ്ടി പുറമേക്ക് മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് പുറം വസ്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ദൂരസ്ഥം എത്ര വിദൂരത്തിൽ പോയാലും പിന്നെ അങ്ങോട്ട് ഇരിക്കും ഏറ്റവും അടുത്താണ് ആർക്ക് ആരുടെ ദൃഷ്ടി അന്തർമുഖമാകിയോ തന്നിലേക്ക് തന്നെ തിരിഞ്ഞുവോ തന്നെ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയോ അവർക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു മൂക്കത്ത് വെച്ച കണ്ണട പുറത്ത് അന്വേഷിക്കുന്നിടത്തോളം ദൂരസ്ഥം കിട്ടാനേ പോടില്ല അല്ലേ മൂക്കത്ത് തന്നെ കണ്ണട വെച്ചിട്ട് അലമാറയിൽ അന്വേഷിച്ചാലും കിട്ടില്ല പെട്ടി തുറന്ന് നോക്കിയാലും കിട്ടില്ല എവിടെ നോക്കിയാലും എന്നാലോ അടുത്തല്ലേ ഏറ്റവും അടുത്താണ് പക്ഷെ അന്വേഷിക്കുന്നിടത്തോളം ദൂരത്തിലാണ് ഒരാള് കാണിച്ചു തരുന്നു ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പ കണ്ടു അവിടെ തന്നെ ഉണ്ട് ആ കണ്ണടയിലൂടെയാണ് കണ്ണട അന്വേഷിച്ചത് അതേപോലെ സത്യം സദാ നമുക്ക് അപരോക്ഷമാണ് ശാസ്ത്രം പ്രത്യക്ഷം എന്നല്ല പറയണത് വെച്ചാൽ പെർസീവബിൾ ആണ് അതായത് കാണപ്പെടുന്നതിനാണ് പ്രത്യക്ഷം എന്ന് പറയാം ഇതിപ്പോ അപരോക്ഷം എന്നാണ് പറഞ്ഞത് അപരോക്ഷം എന്ന് വെച്ചാൽ ഡയറക്ട് സദാ അനുഭവത്തിലുള്ളതാണ് നമുക്ക് സിദ്ധമാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വസ്തുവാണ് അതിന്റെ അനുഭവത്തിലാണ് നമ്മൾ പ്രപഞ്ചത്തിനെ തന്നെ അനുഭവിക്കുന്നത് പ്രപഞ്ചം ഉണ്ടെന്നുള്ള അനുഭവം പോലും എങ്ങനെ ഉണ്ടാവുന്നത് ആർക്കുണ്ടാവണം ഞാനല്ലേ പ്രപഞ്ചത്തിനെ കാണുന്നത് സൂര്യചന്ദ്രന്മാര് ഞാനല്ലേ കാണുന്നത് ഞാൻ എന്നിൽ ഇരുന്നു കൊണ്ട് എന്റെ ബോധകേന്ദ്രത്തിലിരുന്നു കൊണ്ടാണ് പ്രപഞ്ചത്തിനെ കാണുന്നത് ആ കാണുന്നവനെ ശ്രദ്ധിക്കാത്തിടത്തോളം കാലം കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ വരികയും പോവുകയും ചെയ്യും പാരമാർത്ഥികമായ സത്യം കാണപ്പെടില്ല എപ്പോ കാണുന്നവനിലേക്ക് ശ്രദ്ധ തിരിയുന്നുമോ തന്നിലേക്ക് ശ്രദ്ധ തിരിയുന്നു അപ്പോ അന്തിക്കേച്ചത് ഇനി അടുക്കാൻ പറ്റില്ല അത്ര അടുത്ത് സത്യമുണ്ട് ഇത്രയും ലളിതമായ വസ്തുവിനെ കാണിച്ചു തരാനാണ് ശാസ്ത്രങ്ങളൊക്കെ വളരെ സുലഭമായ വസ്തു അതിനെ കാണിച്ചു എല്ലാ ശാസ്ത്രങ്ങളും വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഇതുകൊണ്ട് അവസാനിച്ചു തത്ത് ത്വം അസയും നീ അന്വേഷിക്കുന്ന സത്യം നീ തന്നെയാണ് നിന്നിൽ തന്നെ ഇരിക്കുന്നു നിന്റെ സ്വരൂപമാണ് സത്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും നിനക്ക് അകലാൻ പറ്റില്ല അതിനെ സാക്ഷാത്കരിക്കാൻ എത്ര നേരം വേണം ഒരു ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിച്ചു എനിക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവാൻ എത്ര നേരം വേണം ഒരു പറഞ്ഞു ഒരു മിനിറ്റ് പെർഹാപ്സ് വൺ മിനിറ്റ് ഒരു മിനിറ്റോ ഇസ് ഇറ്റ് നോട്ട് ടു ബ്രീഫ് വളരെ കുറച്ചുള്ള സമയമുള്ളൂ ഒരു മിനിറ്റിൽ സാധിക്കുമോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിൽ അമ്പത്തി ഒമ്പത് സെക്കൻഡ് അധികം ഉണ്ടെന്നാണ് ഒരു ക്ഷണനേരമേ വേണ്ടു പിന്നീന്റെ ഇത്രയും കാലമായി ഞാൻ മെനക്കെട്ടിട്ട് കിട്ടാത്തത് നോക്കേണ്ട സ്ഥലത്ത് നോക്കിയില്ലെങ്കിൽ മൂക്കത്ത് വെച്ച കണ്ണടയാണെങ്കിലും നാളുമുതൽ രാവിലെ മുതൽ അന്വേഷിച്ചു അതിനിപ്പോ ആരാ കുറ്റക്കാരൻ കണ്ണട കുറ്റക്കാരനാണോ കുറ്റമാരുടെയാണ് കാണിക്ക കാണിച്ചു തരാൻ ഒരാള് കിട്ടിയില്ല കാണിച്ചു തരാൻ ആളെ കിട്ടിയതും നോക്കണ്ടടുത്ത് നോക്കിയപ്പോ അയ്യയ്യേ ഇത് മുമ്പ് തന്നെ സിദ്ധമായിരുന്നല്ലോ ഇവിടെ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് മൂക്കത്ത് വെച്ച കണ്ണട കണ്ടാമ്പറയണം എന്നൊക്കെ പറയണത് അതേപോലെ വസ്തുവിനെ നമ്മളിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം എന്താശ്ചര്യമാ നോക്കും ഏറ്റവും അടുത്തിരിക്കണം നമ്മളൊക്കെ സദാ ഞാൻ ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന അണുനിമിഷം പറയുന്നുണ്ട് പക്ഷേ എല്ലാത്തിനെയും ശ്രദ്ധിക്കുന്ന മനുഷ്യൻ എല്ലാത്തിലും ഔത്സുഖ്യം കാണിക്കുന്ന മനുഷ്യൻ ഈ ഞാൻ എന്ന അനുഭവത്തിനെ കണ്ടൊന്ന് ആ അനുഭവത്തിനെ കണ്ടൊന്ന് ആശ്ചര്യപ്പെട്ടൂടെ ആശ്ചര്യപ്പെടില്ല ആരാണ് ഞാൻ എന്താണിതിനകത്തുള്ളത് എന്താണ് ഇതിനകത്ത് ഇരുന്നു കൊണ്ട് കണ്ണിലൂടെ പ്രപഞ്ചത്തിനെ മുഴുവൻ കാണുന്നത് ആരാണ് ഇതിനകത്ത് ഇരുന്ന് ശബ്ദം കേൾക്കുന്നത് ആരാണോ മൂക്കിലൂടെ മണക്കുന്നത് ഏന രൂപം രസം ഗന്ധം ശബ്ദാം സ്പർശാംശ മൈഥുനാം ഏതേനൈവ വിജാണത്തി കിമത്ര പരിശിഷ്യത്തെ ഏതത്വ തത് നീ ചോദിക്കുന്ന വസ്തു ഇത് തന്നെ അത് എന്നാണ് അഹമഹമെന്നരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും അകലും അഹന്ത അനേകമാകയാളി തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു പലതും അറിയണമെന്നാശിക്കുന്ന ഞാൻ എന്നെ അറിയണം എന്റെ സ്വരൂപം എന്താണെന്ന് അറിയണം എന്ന് ഔത്സുഖ്യം ഉണ്ടായാൽ അറിവൊക്കെ അസ്തമിക്കും അറിയുന്നവൻ തന്നെ അറിയുന്നവരെ ഈ ബഹിർവൃത്തി പ്രവർത്തിക്കുകയുള്ളൂ അറിയുന്നവൻ തന്നിലേക്ക് തന്നെ തിരിഞ്ഞാൽ തന്നിൽ അചരം ചരമേവചര് ശരീരം ചരമാണ് മനസ്സ് ചരമാണ് ബുദ്ധി ചരമാണ് അഹങ്കാരം ചരമാണ് പക്ഷെ ഇതിനൊക്കെ പറഞ്ഞില്ല അചരം ഒരു ചര ചലനവുമില്ലാത്തതും നിശ്ചലമായതും ഒരു ചലനത്തിനും വഴങ്ങാത്തതും സദാ ഏകരസ സ്വരൂപമായിട്ടുള്ളതുമായ സ്വരൂപത്തിനെ ശ്രദ്ധിക്ക ചിന്തിക്കലല്ല ചിന്തിക്കൽ എന്ന് പറയുമ്പോൾ മനസ്സാണ് ചിന്ത മനസ്സിന്റെ ജോലിയാണ് അതുകൊണ്ട് ഈ വസ്തുവിനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല ശ്രദ്ധ എന്ന് പറയുന്നത് മനസ്സിന്റെ ജോലിയല്ല അത് നമ്മളുടെ ഉള്ളിലുള്ള ജ്ഞപ്തിയുടെ തന്നെ ജോലിയാണത് ഒരു വിളക്ക് തന്നെ തന്നെ സ്വയം പ്രകാശിപ്പിക്കുന്ന പോലെ ഈ ജ്ഞപ്തി തന്നെ തന്നെ സ്വയം പ്രകാശിപ്പിക്കുന്നതാണ് ശ്രദ്ധ അപ്പൊ ശ്രദ്ധിക്കുകയാണ് തന്നെ തന്നെ ശ്രദ്ധിക്കുകയാണ് എന്താണ് ഈ ഉള്ള വസ്തു ശ്രദ്ധാവാം ലഭതേ ജ്ഞാനം അവിടെ ശ്രദ്ധ വീണാൽ നഷ്ടപ്പെട്ടുപോയ ഒരു വസ്തു തിരിച്ചു കിട്ടിയ പോലെ ഒരു ആനന്ദം ഉണ്ടാവും ആ ആനന്ദത്തിനാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് പക്ഷെ വാസ്തവത്തിൽ നഷ്ടപ്പെട്ടു പോയതല്ല തിരിച്ചു കിട്ടണത് എപ്പോഴും നമ്മളുടെ അനുഭവത്തിലുള്ളതും സിദ്ധമായിട്ടുള്ളതുമായ നമ്മളുടെ തന്നെ സച്ചിദാനന്ദ സ്വരൂപം മരണമില്ലായ്മയെ സ്വരൂപമായിട്ടുള്ള നമ്മളുടെ തന്നെ സെന്റർ അതും ഇതുമല്ല അഹം സച്ചിതമൃതമെന്നു തെളിഞ്ഞു ധീരനായി സദസതി പ്രതിഭക്തിയറ്റ് സത്തോം ഇതി മൃദുവായി മൃദുവായി അമർന്നിടേണം അതുമിതുമല്ല അസദർത്ഥമല്ല അഹം സച്ചിദമൃതമെന്നു തെളിഞ്ഞു ധീരനായി ആ സച്ചിദമൃതം എന്നുള്ളത് എന്താ സത്ത് എന്ന് വെച്ചാൽ ഉണ്ട് എന്നുള്ള അനുഭവം ചിത്ത വെച്ചാൽ അറിയുന്നു ഇപ്പോ ഇവിടെ മുഴുവൻ ഇരുട്ടാക്കിയാൽ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട് എല്ലാവർക്കും ഉണ്ട് അതിന് കാണണ്ട ലൈറ്റ് ഇട്ട് നോക്കണ്ട ഞാനുണ്ടോ എന്ന് അറിയാൻ തൊട്ടു നോക്കണ്ട ശബ്ദിച്ചു നോക്കണ്ട രുചിച്ചു നോക്കണ്ട ഞാൻ ഉണ്ട് എന്ന് എനിക്ക് അനുഭവമുണ്ട് നിങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അനുഭവമില്ല നിങ്ങൾ ഇരുട്ടിൽ എഴുന്നേറ്റ് പോയാൽ എനിക്കറിയില്ല ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമേ ഉണ്ടാവണില്ലേ ആ എക്സ്പീരിയൻസ് അനുഭവം അത് സ്വയം പ്രകാശമാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നു പതിനേഴാമത്തെ ശ്ലോകത്തിൽ ആ സ്വയം പ്രകാശമാനമായ വസ്തു സത്താണ് ഉള്ളത് ഉള്ള വസ്തു രമണ മഹർഷി സദ്ദർശനം തമിഴ് ആദ്യത്തെ പാട്ട് ഉള്ളത് എന്നുള്ള ഒറ്റ വാക്കുവച്ചുകൊണ്ടാണ് മുഴുവൻ പാട്ടും മുഴുവൻ പദ്യമും ഉള്ളത് എന്നുള്ള വാക്ക് വെച്ചുകൊണ്ടാണ് ഉള്ളതലതു ഉണർ ഉള്ളതോ ഉള്ള പൊരുൾ ഉള്ളൽ അര ഉള്ളത്തെ ഉള്ളതാൽ ഉള്ളവനും ഉള്ള ഉള്ളലെവൻ ഉള്ളത്തെ ഉള്ള ഉള്ളതേ ഉള്ളൽ ഉണർവായേ ഉള്ളേ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് മദ്രാസില് ചെന്നൈയില് പ്രഭാഷണത്തില് പണ്ഡിതന്മാരൊക്കെ ഉണ്ടേ അപ്പൊ തമിഴ് പണ്ഡിതന്മാരായ ചിലരോട് ഹൃദയൊന്ന് തമാശനെ ഒന്ന് ചാലഞ്ച് ചെയ്തു നിങ്ങൾക്ക് ഒരു വാക്കുപോലും നിങ്ങൾക്ക് സംശയമുണ്ടാവില്ല സാധാരണ തമിഴ് അറിയുന്ന ആളുകൾക്ക് പോലും അറിയാവുന്ന വാക്കേ ഉള്ളൂ ഡിക്ഷണറി ഒന്നും നോക്കണ്ട പക്ഷേ സാധിക്കുമെങ്കിൽ ഈ ആ പാട്ടിനൊരർത്ഥം പറഞ്ഞു തരു എല്ലാ വാക്കും അറിയാം പക്ഷെ അർത്ഥം അറിയാൻ പറ്റില്ല ഉള്ളതല്ലതുള്ള ഉണർ എല്ലാം ഉള്ളത് എന്നുള്ള ഒറ്റ പദമേ ഉള്ളൂ ഉള്ളത് എക്സിസ്റ്റൻസ് ആ വസ്തു സദാ നമ്മളുടെ അകമയ്ക്ക് നമ്മളുടെ തന്നെ വ്യക്തിബോധത്തിന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ സദാ ശ്രദ്ധയെ അങ്ങനെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുക ഈ ഒറ്റ സാധനം മതി ഏതാന്ത ജ്ഞാനത്തെ സദാ ശ്രദ്ധയെ അകമയ്ക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കും സത്സംഗത്തിനൊക്കെ പ്രയോജനം അതാണ് കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ എന്നെങ്കിലും ഒരു ദിവസം കേൾക്കുന്നവനെ നിങ്ങൾ ഒരു ക്ഷണനേരത്തേക്ക് ശ്രദ്ധിച്ചാൽ ശരിയായ സത്സംഗമാകും ഇപ്പൊ ഞാൻ പറയണത് മനസ്സിലാക്കുന്നതൊക്കെ മുഖ്യാർത്ഥ സത്സംഗവും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കൽ ഏർപ്പെട്ടാൽ ലക്ഷ്യാർത്ഥ സത്സംഗവുമാവും ലക്ഷ്യാർത്ഥ സത്സംഗം എന്ന് നമ്മളുടെ ലക്ഷ്യം എന്താണോ അത് ഇപ്പൊ തന്നെ ഇവിടെ ഉണ്ട് നേടിയെടുക്കാൻ പ്രയത്നമൊന്നും വേണ്ട ആകോപ്പാട് വേണ്ട പ്രയത്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ഗർഭത്തിലിരിക്കുമ്പോൾ എന്താണോ ചെയ്തത് അതാണ് വേണ്ട എന്തെങ്കിലും ചെയ്തോ ഗർഭത്തിലിരിക്കുമ്പോൾ അടങ്ങിയിരുന്നു അതേപോലെ ഇപ്പോഴും ശ്രദ്ധിക്കാകമയ്ക്കും എന്താണ് ഈ ഞാൻ ആരാണ് ഈ കേൾക്കുന്നത് ഈ ചെയർ കേൾക്കണില്ല ഈ മേശ കേൾക്കണില്ല ഈ മൈക്ക് കേൾക്കണില്ല ഞാൻ മാത്രം എങ്ങനെ കേൾക്കണു ഇതിനകത്തിരുന്ന് കേൾക്കുന്ന ആളാരാ ശ്രോത്ര ശ്രോത്രം ചക്ഷുഷ് ചക്ഷുഹു മനസഹ വാചോഹ വാചം സൗപ്രാണസ്യ പ്രാണഹ അതിൽ പോയി ഉപനിഷത്ത് ഗീത ഒന്നും എനക്കിട്ട് പഠിക്കുകയൊന്നും വേണ്ട ഇതൊക്കെ പഠിച്ചിട്ടും വെറും വാക്കിന്റെ അർത്ഥം മാത്രമാണെങ്കിൽ ശ്രോത്രസേ ശ്രോത്രം എന്ന് പറഞ്ഞാൽ ചെവിയുടെ ചെവി ചറ്റുഷ് എന്ന് വെച്ചാൽ കണ്ണിന്റെ കണ്ണ് വെർബൽ മീനിങ് പ്രയോജനമില്ല എന്നിൽ ശ്രദ്ധിക്കുകയാണ് ഞാൻ ആരാണതിനകത്തുള്ളത് ഇത്രയേ ധ്യാനവുമുള്ളൂ നമ്മുടെ മഹർഷിയോട് ചോദിച്ചു ഹൗ ടു മെഡിറ്റേറ്റ് What is meditation? വാട്ട് ഈസ് മെഡിറ്റേഷൻ ധ്യാനം എന്താണ് മഹർഷി ധ്യാനത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് പേരും അപ്പൊ തന്നെ പറഞ്ഞ ഉത്തരമാണ് ഫൈൻഡ് ഔട്ട് ദ മെഡിറ്റേറ്റർ ഹൂ വാൺസ് ടു മെഡിറ്റേറ്റ് ആരാണ് ധ്യാനിക്കാൻ ആശിക്കുന്നത് ഞാൻ ധ്യാനിക്കാൻ ഞാനാ ഇതിന് ധ്യാനിക്കാനിരിക്കുമ്പോൾ ഈ ധ്യാനിക്കണമെന്നുള്ള സങ്കൽപ്പം ആർക്കാണ് ഒതുക്കുന്നത് ഓരോ ചിത്തവൃത്തി വരുമ്പോഴും ഈ ചിത്തവൃത്തികൾക്ക് പുറകിൽ ഈ ചിത്രവൃത്തി ആർക്ക് ഒതിക്കുന്നു ഈ ചിത്രവൃത്തിയെ കാണുന്ന ആളാരാണ് ഹു ഇസ് ദ തിങ്കർ ഓഫ് ദ തോട്ട് ഓരോ ചിത്രവൃത്തി വരുമ്പോഴും കേന്ദ്രത്തിലേക്ക് വരുന്നു അതെങ്ങനെ കുറെ കാലം പരിശീലിച്ചൻ കണ്ണു തുറന്നിരിക്കുമ്പോഴും ചെവി തുറന്നിരിക്കുമ്പോഴും വ്യവഹരിക്കുമ്പോഴും ശ്രദ്ധ ആ സെന്ററിലാണ് വ്യവഹരിക്കുന്നവൻ ആരാണ് കാണുന്നവൻ ആരാണ് കേൾക്കുന്നവൻ ആരാണ് ഇങ്ങനെ ശ്രദ്ധ അവിടെ വരുമ്പോ അന്തിക്കേച്ച് തത് നമ്മൾ അന്വേഷിക്കുന്ന സത്യം നമ്മളെ വളരെ അടുത്താണ് തദ്ദൂരെ തതു അന്തിക്കേ തദ്രസ്യ സർവസ് തതു സർവസ്യാസ്യ ബാഹ്യത ലാരിയുടെ ഉള്ളിലാണ് തദ് അേച്ച് വളരെ അടുത്താണ് അങ്ങനെ അവനവന്റെ ഉള്ളിൽ സ്വരൂപത്തിലെ അവബോധത്തിനെ കാണുമ്പോൾ ആ അവബോധമാണ് എല്ലാ ശരീരത്തിലും ഉള്ളത് ശരീരം വേറെ നിങ്ങളുടെ ശരീരം വേറെ എന്റെ മനസ്സ് വേറെ നിങ്ങളുടെ മനസ്സ് വേറെ പക്ഷേ ഈ സെന്റർ ഞാൻ എന്റെ ഉള്ളിൽ തൊട്ടാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ സിനിമയില് ഒരു പല ആളുകൾ നടിക്കുന്നു സിനിമയിൽ നടിക്കുന്ന ആളുകളുടെയൊക്കെ രൂപവും വേഷവിധാനങ്ങളും ഡയലോഗും ഒക്കെ വരെയാണ് എനിക്ക് ആ സിനിമയിലുള്ള സകല ആളുകളെയും തൊടണമെങ്കിൽ ഒരു വഴിയുണ്ട് ആ സ്ക്രീനിനെ പിടിച്ച് ചലിപ്പിച്ചാൽ മതി സ്ക്രീൻ തൊട്ടാൽ മതി എല്ലാരെയും തൊട്ടു ഞാൻ അല്ലെ ആ സ്ക്രീനിലാണ് എല്ലാവരും ഉള്ളത് എല്ലാ ഹീറോവും ഹീറോയിനും വില്ലനും ഒക്കെ ആ സ്ക്രീനിലാണ് അതിൽ മലയും സമുദ്രവും തീയും ഒക്കെ സ്ക്രീനിലാണ് വാസ്തവത്തിൽ സ്ക്രീൻ തന്നെയാണ് മലയായിട്ടും സമുദ്രമായിട്ടും ടീ ആയിട്ടും ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും വില്ലനായിട്ടും ഒക്കെ വരുന്നത് സ്ക്രീൻ തന്നെയാണ് അതേപോലെ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ഉള്ളിലുള്ള ബോധത്തിൽ തന്നെയാണ് ചിത്തവൃത്തികൾ പൊന്തി എല്ലാ വികാരങ്ങളെയും ഉണ്ടാക്കുന്നത് അത് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തുവരുമ്പോഴാണ് പ്രപഞ്ചം കാണുന്നത് എല്ലാ നാമരൂപങ്ങളും കാണുന്നത് എന്റെ ഉള്ളിലുള്ള അധിഷ്ഠാനത്തിനും ഞാൻ തൊട്ടാൽ എല്ലാവരുടെ ഉള്ളിലുള്ള അധിഷ്ഠാനത്തിനെയും തൊട്ട് കഴിഞ്ഞു അതുകൊണ്ടാണ് ശ്രീസുഖബ്രഹ്മ മഹർഷിയെ ഭാഗവതത്തിൽ സർവഭൂത ഹൃദയം മുനിമാനത്തോസ്മി എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഹൃദയമല്ല സർവഭൂത ഹൃദയം അഹമേവ വിശ്വതനു എന്ന് ഹരിനാമകീർത്തനത്തിൽ പാടി വിശ്വം മുഴുവൻ എന്റെ ശരീരമാണ് അപ്പൊ എല്ലാവരുടെ ഹൃദയവും ഈ ഹൃദയത്തിന് തൊടുമ്പോ എല്ലാ ഹൃദയവും തൊട്ടു പക്ഷേ ശരീരം വേറെ മനസ്സ് വേറെ രൂപം വേറെ ഒക്കെ വേറെ ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശാരീരികമായ തലത്തിൽ എല്ലാവർക്കും ഒന്നാവാൻ പറ്റില്ല വെറുതെ പ്രസംഗിക്കാം എല്ലാവരും ഒന്നാണ് സമൂഹത്തിൽ എല്ലാവരും ഒരേപോലെ ഇരിക്കണം ഒന്നും നടക്കില്ല സൊസൈറ്റി ലെവലില് ഫിസിക്കൽ ലെവലില് സമത്വം കൊണ്ടുവരാനേ പറ്റില്ല കൊണ്ടുവന്നാൽ അത്യധികം കുഴപ്പമുണ്ടാവും ഫിസിക്കൽ ലെവലിൽ എല്ലാവരും വരെ വരെയാണ് ഒരാളും ഒരാളെ പോലെയല്ല ഞാൻ തന്നെ എന്നെ പോലെയല്ല എന്നുവെച്ചാൽ കുറച്ച് ദിവസം മുമ്പുള്ള ഞാനല്ല ഇപ്പോൾ ഞാൻ മാനസികമായ ലെവലിലും ഒരാളും ഒരാളെ പോലെയല്ല ഞാൻ തന്നെ എന്നെ പോലെയല്ല ഇന്നലെയുള്ള വിചാരമല്ല ഇന്നുള്ള വിചാരം രൂപത്തിന്റെ തലത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ കൊണ്ടുവരേണ്ട ആവശ്യമില്ല സമമേ ഉള്ളൂ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം അവിഭക്തം ചൂതേഷു വിഭക്തമിതം ഭൂതഭക്തജ്ഞേയം ഗൃഹവിഷ്ണു പ്രഭവിഷ്ണു അവിഭക്തം ചൂതേഷു വിഭക്തമിതം അവിഭക്തം ചതിദേഹം വ്യോമവത് തത് ഏകം ഓരോ ദേഹം ദേഹം ദേഹം പ്രതി ഓരോ ദേഹവും വരെ വരെയാണ് പക്ഷെ അതിനകത്തുള്ള ബോധമോ വ്യോമവത് ഏകം എന്നാണ് ഒരേ ആകാശം അനേക കുടങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സ്പേസ് പോലെ അവിഭക്തം ച ഭൂതേഷു വിഭക്തമിതം അവിഭക്തമാണ് വേർ വേർപിരിഞ്ഞിട്ടേ ഇല്ല എന്റെ സ്വരൂപത്തിനെ അറിഞ്ഞാൽ അത് തന്നെയാണ് സകല ശരീരങ്ങളിലും ഇരിക്കുന്ന ആത്മാ അവിഭക്തം ച ഭൂതേഷു വിഭക്തമിത സ്ഥിതം ഭൂതഭർത്രി തജ്ഞേയം ഭൂതാനി വിഭർത്തി തജ്ഞേയം ഭൂതഭർത്രു പ്രളയകാലെ ച്രസിഷ്ണു ഉത്പത്തികാലേ പ്രഭവിഷ്ണു അതിൽ നിന്നുമാണ് സകലതും ഉത്പത്തിയാവുന്നത് വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്നു ഇപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ട് ഉള്ളിലിരിക്കുന്നുണ്ട് ഗതിർ ഭർത്ത പ്രഭുസാക്ഷി നിവാസശരണം സുഹൃ പ്രഭവപ്രളയസ്ഥാനം നിധാനം ബീജം അവ്യയം ഒരേ ഒരു വസ്തു അകമയ്ക്ക് നമ്മളുടെ സ്വരൂപമായിരിക്കുന്നത് ഒരു മാറ്റവുമില്ലാതിരിക്കുന്നത് ഭഗവാന്റെ അംശം അംശമെന്ന് പറയാൻ കാരണം കുടമുള്ളപ്പോ കുടത്തിന്റെ ഉള്ളിലുള്ള സ്പേസ് അംശമാണ് പക്ഷെ വാസ്തവത്തിന് അത് അംശമല്ല ഒരിക്കലും ഇറ്റ് ഈസ് നോട്ട് സെപ്പറേറ്റഡ് ഫ്രം ദ ഔട്ടർ സ്പേസ് പക്ഷേ ആ കൊടം ഉള്ളത്തോളം കാലം കൊടത്തിന്റെ ഉള്ളിലുള്ള ആകാശം ബഹിർ ആകാശത്തിന് പിരിഞ്ഞു നിൽക്കുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നു അതുപോലെ അജ്ഞാനം ഉള്ളത്തോളം കാലം ദേഹാഭിമാനം ഉള്ളത്തോളം കാലം ഞാൻ എന്ന അനുഭവം ലോക്കലൈസ്ഡായിട്ട് തോന്നുക ഈ ശരീരത്തിനകത്ത് ഇരിക്കുന്നതായിട്ട് തോന്നുകയാണ് അത് ശരീരത്തിനകത്തല്ല ഇരിക്കുന്നത് അതിൽ നിന്നാണ് ശരീരം ഉദ്ഭവിച്ചിരിക്കുന്നത് നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ നേരെ തലതിരിച്ചിട്ടാണ് വേദാന്തമിടുന്നത് നമ്മൾ എന്ത് വരുന്നു ലോകമുണ്ട് ലോകത്തിൽ ഈ ശരീരമുണ്ട് ശരീരത്തിനകത്തൊരു മനസ്സുണ്ട് മനസ്സിന്റെയും പുറകിൽ ഞാനിരിക്കണം ഈ ധാരണയും വെച്ചുകൊണ്ട് ആണ് നമ്മള് പ്രവർത്തിക്കുന്നത് ഇതിന് പേരാണ് അജ്ഞാനം അജ്ഞാനം ഏതോന്യഥ എന്ന് വെച്ചാൽ തലകിഴായിട്ടാൽ അജ്ഞാനം എന്നർത്ഥം എല്ലാം തലതിരിച്ചാണ് നമ്മളുടെ നമ്മൾ നോക്കുന്നത് തന്നെ വേറെ ഒരു തലതിരിഞ്ഞിട്ടാണ് നോക്കുന്നത് അപ്പൊ കണ്ണാടി പോലെയെന്ന് പറഞ്ഞല്ലോ വിശ്വം ദർപ്പണ ദൃശ്യമാണ് നഗറി കണ്ണാടിയിൽ ശരിക്കാണോ പ്രതിഫലിക്കുന്നത് ണോ കണ്ണാടിയിൽ ശരിക്കാണോ പ്രതിഫലിക്കണത് അല്ല തലതിരിഞ്ഞിട്ടാണ് എന്റെ ഈ കൈ ഇവിടെ തന്നെ വരും ഈ കൈ ഇവിടെ തന്നെ വരും റിവേഴ്സ് ഓർഡറിലാണ് അതുപോലെ പ്രപഞ്ചം ഇപ്പൊ കാണുന്നവരും എനിക്ക് റിവേഴ്സ് ഓർഡറിലാണ് സത്യത്തിന്റെ സോഴ്സ് പുറത്താണെന്നാണ് ഞാൻ ധരിച്ചിരിക്കണതേ അതുകൊണ്ട് നമ്മളുടെ സയൻസ് ഒക്കെ എങ്ങനെ സത്യത്തിലെത്തും സയൻസിനോട് വിരോധം ഉണ്ടായിട്ട് പറയല്ലാട്ടോ സത്യത്തിലെത്താൻ സാധ്യമല്ല കാരണം നമ്മള് സത്യത്തിന്റെ നിന്ന് അകന്നകന്നകന്നാണ് അന്വേഷിക്കുന്നത് ഉപനിഷത്ത് പറഞ്ഞു രംഗനാപരായ സ്വാമി ഒരിക്കലും ഈ ശ്ലോകമെടുത്ത് ഏതോ ഒരു വലിയ സയന്റിഫിക് കോൺഫറൻസിൽ ഉദ്ധരിച്ചു അദ്ദേഹം പറഞ്ഞു ആകാശത്തിന് തോൽപ്പായ ചുരുട്ടണ പോലെ ചുരുട്ടി കച്ചത്തിൽ വയ്ക്കാനുള്ള മിടുക്ക് നിങ്ങൾക്ക് വന്നാൽ പോലും ഉള്ളിലന്വേഷിക്കാതെ സത്യം കണ്ടെത്താൻ പറ്റില്ല യഥാ ചർമ്മവത് ആകാശം വേഷ്ടിഷ്യന്തി മാനവാഹ തദാ ദൈവമവിജ്ഞായ ദുഃഖ്യ അന്ധോ ഭവിഷ്യത്തി എത്ര തന്നെ പുറമേക്ക് അന്വേഷിച്ച പുറമേക്ക് പോകും തോറും സത്യത്തിൽ നിന്ന് ഞാൻ അതന്നു പോകുമെന്നല്ലാതെ സത്യത്തിന്റെ അടുത്തേക്ക് വരില്ല എന്നിലേക്ക് വരുന്തോറും ഞാൻ സത്യത്തിനടുത്തേക്ക് വരികയാണ് ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ലോകം ലോകത്തിൽ ശരീരം ശരീരത്തിനകത്ത് മനസ്സ് മനസ്സിനകത്ത് ഞാൻ എന്ന് വരുമ്പോ ലോകത്തിന് ഫസ്റ്റ് പ്രിഫറൻസും എന്റെ ശരീരത്തിന് സെക്കൻഡ് പ്രിഫറൻസും അതിന്റെ ഉള്ളിലുള്ള മനസ്സിന് തേർഡ് പ്രിഫറൻസും അതിനു പുറകിലുള്ള എനിക്ക് പ്രിഫറൻസേയില്ല അത് ഹയ്യർ കാസ്റ്റിൽപ്പെട്ടതാണ് അത് മുമ്പിലേക്കേ വരാൻ പാടില്ല ഈ പുറത്ത് കാണുന്നതിനാണ് പ്രാമുഖ്യം മുഴുവൻ ലോകത്തിനാണ് പ്രാമുഖ്യം മുഴുവൻ എന്താ അതാണ് നിൽക്കണതേ വേദാന്തം എന്ത് പറയണമെന്ന് വെച്ചാൽ ഞാനുണ്ട് എന്നിൽ വിചിത്രമായ മനസ്സെന്നൊരു ശക്തി ഉദിക്കുന്നു ആ ശക്തിയുടെ ഉള്ളിൽ ഇന്ദ്രിയങ്ങളഞ്ചും ഉറങ്ങിക്കിടക്കുന്നുണ്ട് അത് എഴുന്നേക്കണു എഴുന്നേക്കുമ്പോൾ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക എന്ന സ്വഭാവത്തോടുകൂടി ഒരു ദേഹം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു കൊടത്തിന്റെ ഉള്ളിൽ വെച്ച വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ അബദ്ധവശാൽ കൊടത്തിൽ ഞാൻ വീണു എന്ന് ധരിക്കുന്ന പോലെ അഖണ്ഡാകാരമായ വസ്തു ഈ ശരീരത്തിന്റെ അകത്ത് ഞാൻ ലോക്കലൈസ്ഡ് ആണ് എന്ന് ധരിക്കണു എന്നിട്ട് തന്റെ ഉള്ളിലുള്ള വിജൃംഭണത്തിനെ തന്നെ പ്രപഞ്ചമാക്കി കണ്ട് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ആകാശം എന്ന് കണ്ട് അത്ഭുതപ്പെടുകയും അതിലേക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചു പോവുകയും നമ്മളുടെ തന്നെ സ്വപ്നം നമ്മളെ തന്നെ പിടിക്കുകയാണ് അല്ലെ ഉറങ്ങുമ്പോ സ്വപ്നം കാണുന്നു സ്വപ്നം നമ്മളെ പിടിക്കുന്നില്ലേ സ്വപ്നത്തിന്റെ ഉള്ളിൽ നമ്മളൊരു കഥാപാത്രമാവുകയും ആ സ്വപ്നത്തിനെ ചിന്തിക്കുകയും വളരെ ഗൌരവത്തോടുകൂടി അതിനെ വിചാരം ചെയ്യുകയും വിഷമിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് എഴുന്നേറ്റ് പോയി ഒക്കെ കൂടെ പോയി സ്വപ്നത്തിൽ പതുക്കെ എലക്ഷന് നിന്ന് വോട്ട് എണ്ണുമ്പോഴാണ് എണീറ്റത് എലക്ഷന് എല്ലാവരും വോട്ടിങ്ങൊക്കെ കഴിഞ്ഞു കിട്ടുവോ കിട്ടില്ലയോ എന്ന് അറിയില്ല ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എഴുന്നേറ്റത് അപ്പോഴാണ് പച്ചക്കറി കച്ചവടക്കാരനാണോ തന്നെ പുറപ്പെടാൻ നേരമായി കച്ചവടത്തിന് ഇപ്പൊ എന്തായി താനൊരു സങ്കല്പലോകം സൃഷ്ടിക്കുകയും അതിനകത്ത് താൻ പ്രവേശിച്ച് നമ്മൾക്ക് അതിനൊരു സ്വഭാവമുണ്ടേ സ്വപ്നം കൊണ്ട് തന്നെ തെളിയാണ് രണ്ടമ്മമാരും കൂടെ പറഞ്ഞു വളരെ സീരിയസ് ആയിട്ട് പെൺകുട്ടി തൂങ്ങി മരിച്ചു എന്നും കേട്ടതാ തൂങ്ങി മരിച്ചു കയറുകെട്ടി സ്യൂസൈഡ് ചെയ്തു അച്ഛനും അമ്മയും വളരെ ദുഃഖത്തിലാണ് ഏത് വീട്ടിലാ സീരിയലത്തെ കാര്യം പറയുകയാണെന്ന് വളരെ വളരെ സീരിയസ് ആയിട്ട് ദ ആർ ഇൻവോൾവ് ഇൻ ഇറ്റ് വെറും സങ്കല്പമാണ് സങ്കല്പത്തിനുള്ളിൽ അവര് പ്രവേശിച്ചു ഇപ്പൊ എന്തായി കേട്ട ഞാനും പ്രവേശിച്ചു അത് സീരിയസ് ആയിട്ട് ഇവരെന്തോ പറയാണ് എന്ന് ധരിച്ചാൽ ഞാനും പ്രവേശിച്ചു അതിനകത്ത് അല്ലേ അതേമാതിരി ഈ പിക്ചർ മുമ്പിൽ കാണുന്നു ഇതാദ്യം ഈശ്വര സൃഷ്ടി ഈശ്വര സൃഷ്ടി എന്താണെന്ന് വെച്ചാൽ കാണപ്പെടുന്ന സാധനം ഇതിലെന്റെ സൃഷ്ടി ഞാനിങ്ങനെ കൊണ്ടുവരും സങ്കൽപ്പിച്ച് സങ്കൽപ്പിച്ച് പലതും കൊണ്ടുവരും എന്നിട്ട് അതിനൊക്കെ ഐ വിൽ ഗെറ്റ് ട്രാപ്ഡ് ഈശ്വര സൃഷ്ടി എന്ന് ഞാൻ പറയണത് പൂർവജന്മ സങ്കല്പങ്ങളുടെ ഒക്കെ പറയണത് ഫലമായി ഞാൻ ജനിച്ചിരിക്കുന്ന സിറ്റുവേഷനും അച്ഛനും അമ്മയും പ്രപഞ്ചമൊക്കെയാണ് അതിൽ ഞാനും പെടുന്നു ആ പ്രപഞ്ചത്തിൽ ശരീരമിരിക്കുന്നുവെന്നും ശരീരത്തിൽ മനസ്സിരിക്കുന്നുവെന്നും മനസ്സിനകത്ത് ഞാനിരിക്കുന്നുവെന്നുള്ള തെറ്റിദ്ധാരണയ്ക്ക് പകരം ഞാനെന്ന ബോധത്തിൽ മനസ്സുദിക്കുകയാണ് മനസ്സിൽ ഇന്ദ്രിയങ്ങളൊക്കെയുണ്ട് സ്വപ്നത്തിൽ ഇന്ദ്രിയങ്ങളൊന്നുമില്ലാതെ തന്നെ സ്വപ്നം കാണുമ്പോൾ കാണുകയും കേൾക്കുകയും മണക്കുകയും രുചിക്കുകയും സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പകൽ പോലെ തന്നെ എഴുന്നേറ്റ് കഴിയുമ്പോ ഒന്നുകൂടെ സ്ഥൂലമായി ശരീരവും പ്രത്യക്ഷപ്പെട്ടു ലോകവും പ്രത്യക്ഷപ്പെട്ടു ഈ ലോകത്തിനെ ഗ്രസിഷ്ണു ഉറങ്ങാൻ പോകുമ്പോൾ എന്ത് ചെയ്യും ഗ്രസിക്കും അല്ലേ ഉറങ്ങാൻ പോകുമ്പോൾ ശരീരത്തിനെ മടക്കിയിട്ട് മനസ്സിന്റെ ഉള്ളിൽ പിന്നെ മനസ്സിനെ മടക്കിയിട്ട് ഉള്ളിലാക്കും ഉള്ളിലാക്കിയാൽ എന്തൊക്കെ പോയി ലോകം പോയി ശരീരമനസ്സുള്ള ഞാൻ പോയി ഒരു സുഖം മാത്രമുണ്ട് ആ സുഖത്തിൽ നിന്നും മനസ്സൊദിച്ചാൽ തിക്ചർ തുറന്നാൽ ഒത്തിരി തുറന്നാൽ സ്വപ്നം നല്ലവണ്ണം തുറന്നാൽ ജാഗ്രത് എന്നിലാണ് പ്രപഞ്ചമിരിക്കുന്നത് എന്ന് അംഗീകരിച്ചാൽ എനിക്ക് വേണമെങ്കിൽ എന്നിലുള്ള പ്രപഞ്ചത്തിനെ ഇല്ലാതാക്കാം ദുഃഖമില്ലാതാക്കാം പ്രപഞ്ചത്തിലാണ് ഞാനിരിക്കണതെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ പ്രപഞ്ചം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയോ ഗോളങ്ങളോ സൂര്യനോ ചന്ദ്രനോ ഒന്നുമല്ല എന്ത് പുറമേ നിന്നുകൊണ്ട് എന്റെ അകമേക്ക് പ്രവേശിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നു അതാണ് എന്റെ പ്രപഞ്ചം ഭാര്യാ ഭർത്താക്കന്മാര് രണ്ടുപേരിരിക്കുമ്പോ ഭാര്യ ഭർത്താവിനെ ചീത്ത വിളിക്കുമ്പോൾ ഭർത്താവ് തീരുമാനിക്കുകയാണ് അവളവിടെ വാസ്തവത്തിലില്ല അവൾ എന്റെ മുമ്പിൽ കാണപ്പെടുകയാണ് ഞാൻ ഇവിടെ കടന്നുറങ്ങിയാൽ അവൾ പോവും അവൾ നിലവിളിച്ചാലും എനിക്കറിയില്ല കുറച്ച് ദിവസം മുമ്പ് അവളുണ്ടായിരുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവളോ ഞാനോ ഇല്ലാതായിട്ട് തീരും കുറച്ചു നേരം കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളുടെ വികാരവും മാറും ഏത് മുമ്പിലില്ലയോ പിന്നാലെ ഇല്ലയോ അത് നടുവിൽ ഉണ്ടെന്ന് തോന്നുകയാണ് വാസ്തവത്തിൽ ഇല്ലാത്തതാണ് ആദൌ അന്തേജൻ ആസ്തി വർത്തമാനേ വിതത്തത ഇങ്ങനെ ചിന്തിച്ചുറപ്പിച്ച് മനസ്സിന് യോഗസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം എപ്പോഴും ഉള്ളത് എന്താണ് ഈ ശരീരം എപ്പോഴും ഇല്ല മനസ്സും എപ്പോഴുമില്ല ഇതൊക്കെ പരിണമിച്ചുകൊണ്ടിരിക്കുന്നു ബാല്യത്തിലൊരു ശരീരം ഉണ്ടായിരുന്നു അത് കൗമാരത്തിലില്ല കൗമാരത്തിലൊരു ശരീരം ഉണ്ടായിരുന്നു അത് യൗവനത്തിലില്ല യൗവനത്തിലൊരു ശരീരം ഉണ്ടായിരുന്നു അത് വാർദ്ധക്യത്തിലില്ല ശരീരത്തിലെ ഓരോ സെൽസും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൽ ഓരോ ചിത്തവൃത്തിയും പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മൂന്ന് വയസ്സിൽ ഏതൊരു ഞാൻ ആ ഞാൻ അനുഭവം തന്നെയാണ് മുപ്പത് വയസ്സിലുള്ളത് അതേ ഞാൻ എന്നുള്ള അനുഭവം തന്നെയാണ് അമ്പത് വയസ്സിലുള്ളത് എഴുപത് വയസ്സിലുള്ളത് നൂറ് വയസ്സായാലും ഉള്ളത് നൂറ്റിപ്പത്ത് വയസ്സായാലും ഉള്ളത് ബാക്കിയൊക്കെ പരിണമിച്ചു ഞാൻ അനുഭവം പരിണമിച്ചില്ല ആ പരിണമിക്കാത്ത വസ്തുവിനെ ശ്രദ്ധിക്കുന്നതിന് പേരാണ് യോഗം പരിണമിക്കുന്ന വസ്തുക്കളെ ശ്രദ്ധിച്ചാൽ ഭോഗമായി പരിണമിക്കാത്ത വസ്തുവിനെ ശ്രദ്ധിച്ച് അത് വിട്ടുകളയാതെ ഇരുന്നാൽ ബോധമായി അതാണ് ഹരിനാമകീർത്തനത്തിൽ ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമാന്ത നമ്മളുടെ ഒക്കെ അധ്യാത്മസാധനയുടെ ഒക്കെ പരിണത ഫലം ഒരാൾ പറഞ്ഞു എനിക്ക് സംഗീതത്തിൽ രുചിയേയില്ല പക്ഷേ അയാൾ വേറെ ഒരാളുടെ കൂടെ കച്ചേരിക്ക് പുറപ്പെട്ടു കച്ചേരിക്ക് പുറപ്പെട്ടപ്പോ എന്തിനാന്ന് വെച്ചാൽ ഇവർക്ക് കച്ചേരി കഴിഞ്ഞ് വേറെ സ്ഥലത്തിലേക്ക് പോകണം അപ്പൊ ഇയാളുടെ കൂടെ കൂടി ഇയാൾ പറഞ്ഞു ഓ രണ്ടു മണിക്കൂർ ആ പാടുന്നത് കേട്ടിരിക്കാൻ ഇത്തിരി വിഷമുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല അത് സാറിൽ അവിടെ ഇരുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അയാൾ സുഖമായിട്ട് രണ്ടു മണിക്കൂർ ഇരുന്നു അപ്പൊ അയാളോട് ചോദിച്ചു അപ്പൊ കച്ചേരി ആസ്വദിച്ചുവല്ലേ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു എവിടെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് അവർ പാടുന്നൊന്നും മനസ്സിലാവണില്ല അപ്പൊ ആദ്യം മുതൽ ആ ശ്രുതിയെ മാത്രം കേൾക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു കുറെ കഴിഞ്ഞപ്പോ എനിക്ക് പാട്ടൊന്നും കേട്ടില്ല ഒന്നും കേട്ടില്ല ആ ശ്രുതി മാത്രമേ കേട്ടുള്ളൂ എന്ന് ശ്രുതി മാറാത്തതാണ് രാഗം മാറി താളം മാറി പാട്ടും മാറി പാടുന്ന ആളും വേണമെങ്കിൽ മാറാം അതിനു പുറകിൽ ശ്രുതി അതേപോലെ നിൽക്കും ആ ശ്രുതിയെ ശ്രദ്ധിക്കുന്ന പോലെ ശരീരം പരിണമിക്കുന്നു മനസ്സ് പരിണമിക്കുന്നു അഹങ്കാരം ഉദിക്കുക അസ്തമിക്കുക ഒക്കെ ചെയ്യുന്നു ഇതിന് പുറകിൽ നിൽക്കുന്ന പ്രജ്ഞ പ്രജ്ഞാനം അത് അപരിണാമിയായിട്ടിരിക്കുന്നു അവിഭക്തം ച ഭൂതേഷു അവിഭക്തം എന്ന് വെച്ചാൽ അൺ ം എന്നർത്ഥം എന്നിൽ തന്നെ അവിഭക്തമായിരിക്കും ബാക്കിയൊക്കെ വിഭക്തമാണ് അത് അവിഭക്തമാണ് അതുകൊണ്ടാണ് അതിന് ഭക്തി എന്ന് പറയുന്നത് അതിന്റെ അനുഭവത്തിന് വിഭക്തി ഇല്ലാത്തത് ഭക്തി വാസ്തവത്തിൽ ഭക്തി എന്നുള്ള പദം നമ്മളിന്ന് പുറമേക്കുള്ള ദേവതകളെയൊക്കെ പൂജ ചെയ്തും കരഞ്ഞും പ്രാർത്ഥിച്ചും പാട്ടുപാടിയും ഒക്കെ ചെയ്യുന്നതിന് നമ്മളിന്ന് ഭക്തി ഇന്ന് വിളിക്കണതെങ്കിൽ ഋഷികൾ ആ പദം ഉപയോഗിച്ചത് ആത്മസാക്ഷാത്കാരമെന്ന് കാണിക്കാനാണ് ജ്ഞാനിയുടെ സഹജ സമാധി അനുഭവത്തിനെയാണ് ഭക്തി എന്ന് അവിടെ പറയാൻ പറ്റുള്ളൂ ഭാഗവതത്തിലൊക്കെ ഭക്തി എന്നുള്ള പദം അങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത് ഗീതയിലും ഭക്തി എന്നുള്ള പദം ആ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് കാരണം ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി നാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം എന്ന് ഭക്തി എന്താണെന്ന് വെച്ചാൽ അവിഭക്തമായ വസ്തുവിനാണ് ഭക്തി വരണതേ അവിടെ വിഭക്തിയില്ല വേറുപാടില്ല രണ്ടില്ല ഒരേ ഒരു അവിഛിന്നമാണ് അൺ ഇന്റപ്റ്റഡാണ് അതിൽ ശ്രദ്ധ പതിയുമ്പോ അതിൽ നിന്നും പ്രപഞ്ചം ഉത്ഭവിക്കുകയും അതിൽ അസ്തമിക്കുകയും ചെയ്യുന്നു പ്രപഞ്ചത്തിൽ ഞാനുണ്ടെന്ന് ധരിക്കുന്നത് കൊണ്ട് പ്രപഞ്ചമാണ് പ്രധാനം ഞാൻ അപ്രധാനമായി തീരുമ്പോ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യുന്നതിനായിരിക്കും എനിക്ക് വ്യഗ്രത നേരെ മറിച്ച് ഞാൻ പ്രധാനവും വിവേകാനന്ദ സ്വാമികൾ പറയണ ഒരിടത്ത് ദ വേൾഡ് ഈസ് എ ബുക്ക് വിത്ത് ദ സോൾ റീഡ്സ് ആൻഡ് ഈ ലൈഫ് ഈസ് എ പേജ് ഓരോ ജീവിതവും ഓരോ പേജുകളാണ് ഓരോ കടലാസ് മാറ്റണ പോലെ ഈ ജന്മം ഒരു പേജ് മറിച്ചാൽ അടുത്ത ജന്മം ചാപ്റ്റർ മാറിക്കൊണ്ടേയിരിക്കും പക്ഷെ ആ ബുക്ക് മുഴുവൻ ഈ ജീവൻ വായിക്കുന്നതാണ് പുസ്തകം നമ്മൾക്ക് വേണ്ടിയോ നമ്മൾ പുസ്തകത്തിനു വേണ്ടിയോ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മൾ പുസ്തകത്തിനു വേണ്ടി എന്നാണ് ലോകത്തിന് വേണ്ടിയിന്നാണ് അതുകൊണ്ടെന്താ ലോകത്തിൽ എന്തെങ്കിലും ചെയ്യാനാണ് നമ്മൾ വന്നിരിക്കണതെന്ന് തെറ്റിദ്ധരിച്ചു പോകുന്നു അധ്യാത്മക്കാർ പോലും ലോകത്തിനെ ഉദ്ധരിക്കാനാണ് ഞാൻ വന്നിരിക്കണതെന്ന് ചിലപ്പോൾ ഒരു അഭിമാനം പിടികൂടും നാരായണ ഗുരുസ്വാമി ആത്മോപദേശ ശതകത്തിൽ പറയണു ആത്മവിചാരവും ഭക്തിസാധനയും ഒക്കെ ചെയ്ത് അഹങ്കാരം പോകുന്നതിന് പകരം ചിലപ്പോൾ വലിയൊരഹന്ത വരാവരം തരേണം എന്ന് പ്രാർത്ഥിക്കുന്നു എന്താണെന്ന് വെച്ചാൽ താൻ അവതാരമാണെന്ന് തോന്നും ചിലപ്പോ താൻ ലോകത്തിലെ മുഴുവൻ ഉദ്ധരിക്കാൻ വന്നിരിക്കുകയാണെന്ന് തോന്നും അങ്ങനെയൊക്കെ തോന്നിയാൽ വലിയൊരഹന്തയിൽ ചെന്ന് കൊടുക്കും ലോകം എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് അതിന്റെ ഓരോ മൂല എന്നിലുണ്ട് ഇങ്ങനെ അംഗീകരിച്ചാൽ ഈ തത്വം അംഗീകരിച്ചാൽ തന്നെ കുടുംബത്തിലുമൊക്കെ നമ്മൾ മറ്റുള്ളവരെ തിരുത്താനൊന്നും പോയില്ല അവരിൽ എന്തെങ്കിലും കുഴപ്പം കണ്ടാൽ ആദ്യം നമ്മൾ നോക്കും നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവണം കാഞ്ചി പരമാചാര്യർ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾ ആരോ പറഞ്ഞു നിങ്ങൾ ഒരുപാട് പലരത്ത് ഉപദേശിക്കുന്നുണ്ട് പല കാര്യങ്ങൾ വേദാധ്യനം ചെയ്യണം സന്ധ്യാവന്തനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ആരും കേൾക്കണില്ലല്ലോ അങ്ങ് പറയണതൊന്നും കേൾക്കണില്ലല്ലോ എന്തുകൊണ്ടാണ് അവരൊന്ന് പറഞ്ഞാൽ കേൾക്കാത്തത് അതിന് അവരെ കുറ്റം പറയണതിന് പകരം അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ കാരണം എനിക്ക് തപസ് പോരാ എന്റെ ചുറ്റുമിരിക്കുന്നവരൊക്കെ എന്റെ പ്രാരബ്ധം കൊണ്ട് എന്റെ അടുത്ത് വന്ന് സംഘപ്പെട്ടവരാണ് അവര് ശരിയാകണമെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള പവർ എന്റെ ഉള്ളിൽ കാരണം പ്രപഞ്ചം മുഴുവൻ റിഫ്ലക്ഷനാണ് പ്രതിബിംബമാണ് അതുകൊണ്ട് നമ്മളുടെ പ്രാരബ്ധത്തിനനുസരിച്ചുള്ള വസ്തുക്കളാണ് നമ്മൾ കാണുന്നത് ഇത് ഇത് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ മനസ്സിലാവില്ല പക്ഷെ നിങ്ങൾ ഋഷികൾ പറഞ്ഞിരിക്കണോ എന്ന് പറഞ്ഞ് ഈ തത്വം സ്വീകരിച്ചാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആളുകളും എന്റെ പ്രാരബ്ധം കൊണ്ട് ഇന്ന് എന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് എന്ന് ഞാൻ ധരിക്കണോ നിങ്ങളും അങ്ങനെ ധരിക്കുക നിങ്ങളുടെ പ്രാരബ്ധമാണിത് ആ മുമ്പിൽ ഒരാളെങ്ങനെ ഇരുത്തിരിക്കുന്നത് നിങ്ങളുടെ സൂക്ഷ്മമായി നിങ്ങളുടെ ഉള്ളിൽ ഈ രൂപത്തിന് കറസ്പോണ്ടിംഗ് ആയി എന്തോ ഒന്ന് കിടന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരുന്ന് ഇത് കേൾക്കേണ്ട ഒരു വിഷമോ ഭാഗ്യമോ ഉണ്ടാവില്ല അത് വിഷമമോ ഭാഗ്യമോ ആയിത്തീരുന്നതും നിങ്ങളുടെ ഉള്ളിൽ കറസ്പോണ്ടിംഗ് എന്തോ ഉള്ളതാളുണ്ടാവും ഇത് അംഗീകരിച്ച് ഇതാണ് സനാതനധർമ്മം സനാതനധർമ്മം പ്രപഞ്ചത്തിന് സ്വതന്ത്രമായും വ്യക്തിയെ സ്വതന്ത്രമായും രണ്ട് എലമെന്റായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ളതല്ല സനാതനധർമ്മം വ്യക്തി പ്രപഞ്ചമാണ് പ്രപഞ്ചം വ്യക്തിയാണ് വ്യക്തി തന്നിൽ വിപ്ലവം സൃഷ്ടിച്ചാലേ പ്രപഞ്ചത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ You have to റെവല്യൂഷനൈസ് your center. Then the whole universe will be റവല്യൂഷനൈസ് ആ സങ്ക എവിടെയാളുള്ളത് എന്റെ ഉള്ളിലുണ്ട് അതിന്റെ സ്വരൂപം എന്താണ് അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കാം ജ്യോതിഷാം ജ്യോതിഷാമപിതജ്യോതിസർവസ്യം ജ്യോതിഷാം आदिदीना ज्योति वेच क्क् अलिच्यण नू भाति न चंद्रताक नियमा विद्यु भाति कय अति तरह सर्वमिदं विभाति അവൻ പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതൊക്കെ പ്രകാശിക്കണം അവൻ ആരാ അങ്ങനെയുള്ള പ്രകാശിക്കുന്നവൻ ആരാ യേശുക്രിസ്തുവിന്റെ വചനങ്ങളൊക്കെ ചിലപ്പോൾ വഴിയിൽ കാണാം മതിലൊക്കെ എഴുതിവെച്ചിട്ടുണ്ടാവും അവൻ ലോകത്തിന്റെ വെളിച്ചമാണ് ഇനിയിപ്പോ ആ വെളിച്ചത്തിന് നമ്മൾ എവിടെ പോയി അന്വേഷിക്കും ആ വെളിച്ചം എവിടെയാ അതിന്റെ സ്വരൂപം എന്താ ജ്യോതിഷാം അപ്പി തജ്യോതി അടുത്ത ലൈം തമസഹ പരം ഉച്ചത്തെ അത് ഇരുട്ടിനപ്പുറമുള്ള പ്രകാശമാണ് എന്ന് വെച്ചാൽ എല്ലാ പ്രകാശവും ഇരുട്ടിനപ്പുറമാണല്ലോ ഇതിനിപ്പോ എന്താ അപ്പോ പ്രത്യേകിച്ച് ഇരുട്ടിനപ്പുറം എന്ന് പറയാൻ കാരണം സാധാരണ വെളിച്ചവും ഇരുട്ടും ഒരേ സ്ഥലത്ത് നിൽക്കില്ല പക്ഷേ ഇരുട്ടുണ്ട് എന്ന് പോലും അറിയുന്ന ഒരു വെളിച്ചമാണ് ഈ വെളിച്ചം ഇരുട്ടിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം അതെവിടെയിരിക്കുന്നു ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം അത് ജ്ഞാനമാണ് അറിവാണ് ജ്ഞേയമാണ് അറിയപ്പെടേണ്ടതാണ് ജ്ഞാനത്തിന്റെ പരിണത ഫലമുമാണത് ഹൃദി സർവസ്യ വിഷ്ഠിതം എല്ലാവരുടെയും ഹൃദയത്തിലാണ് ആ വസ്തു വസിക്കണത് ജ്യോതിഷാമപി തജ്യോതി ഇതേപോലെ ഒരു ശ്ലോകമുണ്ടല്ലോ മലയാളത്തിലെന്താ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരി നാരായണായനമാ ആദിശങ്കര ഭഗവത്പാദര ഭാരതത്തിൽ മുഴുവൻ വേദാന്തപ്രചാരം ചെയ്യുമ്പോ ർണാടകത്തിലെ ഒരു ഗ്രാമത്തിലെ വെച്ച് ഒരു ചോദ്യോത്തരവുണ്ടായി ഒരു വൃദ്ധൻ ഈ ശ്ലോകം ചൊല്ലിയിട്ടുണ്ട് ജ്യോതിഷാമപിത്ത ജ്യോതി എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു ഉപനിഷത്തിൽ നിതത്ര സൂര്യോപാധി എന്നൊക്കെ പറയുന്നു എന്താ ജ്യോതി എന്ന് ആചാര്യസ്വാമികളോട് ഒരു വൃദ്ധൻ ചോദിക്കുകയാണ് എല്ലാ ജ്യോതിസുകൾക്കും ജ്യോതിസായ ഒരു ജ്യോതി ഉണ്ട് എന്ന് പറയണ ആ ജ്യോതി എവിടെയാ തമിഴിൽ രാമലിംഗസ്വാമികളെന്ന് പറഞ്ഞാൽ സിദ്ധനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ജ്യോതി എന്നാണ് അത് ജ്യോതി ഉൾ ജ്യോതിയുൾ ജ്യോതി എന്ന് ഞാൻ ആദ്യമൊക്കെ പിത്ര ജ്യോതി ഇത് അടുക്കുമൊഴി എന്ന് പറയും തമിഴില് വാക്കുകൾക്കൊരു പ്രാസം വരാൻ വേണ്ടി പറയണതാണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് പിന്നെയാണ് നമുക്കത് മനസ്സിലാവണം എന്താ ഈ ജ്യോതി ഉൾ ജ്യോതിയുൾ ഒരു വെളിച്ചത്തിനും ഒരു വെളിച്ചം അതിനൊരു വെളിച്ചം അതിനൊരു വെളിച്ചം അത്ര അപ്പൊ അതെന്താ അങ്ങനെ ഒരു പരമപ്രകാശം ഒരു പരമവെളിച്ചം എന്താ എല്ലാത്തിനും വെളിച്ചമായിട്ടിരിക്കുന്ന വെളിച്ചം അതിനെവിടെ അന്വേഷിക്കും പരമജ്യോതിസ് അപ്പൊ ആചാര്യസ്വാമികൾ അവദ്ധനോട് പറയാണ് അദ്ദേഹം പറയുന്നു എനിക്കിനി ശാസ്ത്രവിചാരം ചെയ്യാൻ സമയമില്ല വയസ്സായിരിക്കുന്നു വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു അങ്ങ് കൃപയാ എനിക്ക് തത്വോപദേശം ചെയ്യണം ആ പരമപ്രകാശം ഏതാണെന്ന് കാണിച്ചു തരണം അപ്പൊ ആചാര്യസ്വാമികൾ പറഞ്ഞു ഒരു ശ്ലോകം കൊണ്ട് അങ്ങേക്ക് കാണിച്ചു തരാം സത്യം പറയാൻ അത്രയൊക്കെ ഉള്ളേ ഒരു ശ്ലോകം എന്ന് പറഞ്ഞതുപോലെ അധികമാണ് ഒരിടത്ത് ആചാര്യൻ പറഞ്ഞു ശ്ലോക അർദ്ധേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോട്ടി ഒരു പകുതി ശ്ലോകം കൊണ്ട് സകലതും പറഞ്ഞു തരാം പക്ഷെ പകുതി ശ്ലോകം പോലും അധികമാകാം അർദ്ധരാസ്വാൻ രമണ ഭഗവാനെ കുറിച്ച് പറഞ്ഞു ഭഗവാൻ രമണ ഗേ എൻടയർ essence of vedanta philosophy vedantic teaching in the smallest alphabet in english language etthum cheri alphabet enda english le i le thenjon nyon oru ala atmopadesham cheyuvon bornal gnan enne parayan athra parnna mathi adu kondu manasilayittalingi pin manasilavile poyittu veru nu manasilavum parayanallo ഇതിന് നേരമ്പോക്ക് ശരി ഉപ്രഭാഷണമൊക്കെ ചെയ്യാം എന്തെങ്കിലും ഉപദേശം വേണോ ഞാൻ അത് പിടികിട്ടി അത് പിടികിട്ടിയില്ലെങ്കിൽ നിനക്ക് ഇനി ഒന്നും പിടികിട്ടില്ല പോയിട്ട് വരും ജ്യോതിഷാമപിത ജ്യോതി ആചാര്യസ്വാമികൾ ചോദിക്കുകയാണ് കിം ജ്യോതിഹീത്തവ പകൽവേളയിൽ ഏത് വെളിച്ചം കൊണ്ടാണ് അങ്ങ് എല്ലാം കാണുന്നത് ഭാനുമാലഹനിമേ സൂര്യ വെളിച്ചം കൊണ്ട് പകൽവേളയിൽ എല്ലാം കാണുന്നു രാത്രിയിലോ രാത്രി പ്രദീപാധികം വിളക്ക് കൊളുത്തിവെച്ച് ഇലക്ട്രിക്കൽട്ട് കൊണ്ട് കാണുന്നു സ്യാദേവം അങ്ങനെയാവട്ടെ രവിദീപ ദർശനവിധൗ കിം ജ്യോതിഹി സൂര്യനെയും ചന്ദ്രനെയും വിളക്കിനെയും ഒക്കെ എങ്ങനെ കാണുന്നു അല്പ ആലോചിച്ചിട്ട് പറഞ്ഞു ചക്ഷുവു കണ്ണുകൊണ്ട് കാണുന്നു ശരി അപ്പൊ കണ്ണില്ലെങ്കിൽ സൂര്യൻ ചന്ദ്രനൊന്നും ഉണ്ടായിരുന്നിട്ടും പ്രയോജനമില്ലാദി സഭയേക്കും കണ്ണൊക്കെ അടച്ചിട്ട് കാണുന്നില്ലേ അല്ലേ കുറച്ചുകൂടെ നന്നായിട്ട് കാണും ചിലർക്ക് കണ്ണടച്ചാൽ രാത്രി ഉറക്കത്തിൽ പകലെങ്കിലും കണ്ണ് കാണില്ല കണ്ണടയിട്ടാലും കാണാൻ വയ്യാതാവും ചിലപ്പോ പക്ഷെ കണ്ണടച്ചാൽ നല്ല വണ്ണം കാണും ഉറങ്ങാൻ കിടക്കുമ്പോ എല്ലാ നല്ല വെളിച്ചത്തിൽ സൂര്യചന്ദ്രാദികൾ പോലും സ്വപ്നത്തിൽ കാണും വെളിച്ചമായിട്ട് കിം ആ വെളിച്ചം വന്നു ലൈറ്റൊക്കെ കെടുത്തിട്ട് ഇരുട്ടുമുറിയിലാണ് ഇത് ആരുടെ ബുദ്ധിയാണ് അതിന് സാക്ഷി ആരാണ് ആ ബുദ്ധിയും അസ്തമിക്കുന്നുണ്ടല്ലോ സുഷുപ്തിയില് സുഖമായി ഉറങ്ങി ഒന്നും അറിഞ്ഞില്ല ഇതാരിപ്പൊ പറയണു എഴുന്നേറ്റിട്ട് ഞാൻ പറയണമെന്ന് ഈ ഞാൻ ഉറക്കത്തിലില്ല അപ്പൊ ഈ ഞാൻ റിപ്പോർട്ട് ചെയ്യില്ല ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന ആളാരഹം സുഷുപ്തിയിലും ഏതൊരു ഞാൻ ഉണ്ടായിരുന്നുവോ ആ ഞാൻ ബുദ്ധിക്കും അപ്പുറം ഉള്ളതാണ് വ്യക്തിത്വത്തിനും അപ്പുറമുള്ളതാണ് ആ ഞാനിലാണ് പ്രപഞ്ചം മുഴുവൻ പ്രകാശിക്കുന്നത് ഭവാൻ പരമകം ച്യോതിഹി തത്വമസി എല്ലാ പ്രകാശത്തിനും മൂലപ്രകാശം നീ തന്നെയാണ് യു ആർ ദ ലൈറ്റ് യു ആർ ദ സെന്റർ എല്ലാ വെളിച്ചത്തിനും മൂലം നീയാണ് തദസ്മി പ്രഭോ ആ ഹേ പ്രഭു ശ്രദ്ധിച്ചു തനിൽ ശ്രദ്ധിച്ചു പറഞ്ഞു അതേ ആ പരമപ്രകാശത്തിനെ ഞാൻ കണ്ടിരിക്കുന്നു അതിന് ജനനമില്ല അതിന് മരണമില്ല അത് പ്രകാശിക്കുന്നത് കൊണ്ടെല്ലാം പ്രകാശിക്കുന്നു അത് പരമജ്യോതിസാണ് പരമപ്രകാശമാണ് അതിനെ ഞാൻ കണ്ടിരിക്കുന്നു തതസ്മി പ്രഭു എന്ന് പറഞ്ഞ് അയാൾ സ്വരൂപജ്ഞാന നിഷ്ഠനായിട്ട് തീർന്നു അപ്പൊ ജ്യോതിഷാമപിതജ്യോതി എല്ലാ വെളിച്ചത്തിനും വെളിച്ചം അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായനമാണ് ഏതൊന്നുള്ളതുകൊണ്ട് കണ്ണ് കാണുന്നുവോ അതാണ് യഥാർത്ഥ കണ്ണ് ബോധമാവുന്ന കണ്ണ് പ്രജ്ഞാനേത്രോ വൈലോക എന്ന് വേദം ജ്ഞയാകുന്ന നേത്രം കൊണ്ടാണ് ലോകം അറിയപ്പെടുന്നത് എന്തു വലിയ ഒരു ഒരു കണ്ടുപിടുത്തമാണ് ഇതിന് കണ്ടുപിടുത്തം എന്ന് എന്തിനെങ്കിലും പറയണമെങ്കിൽ ഇതാണ് കണ്ടുപിടുത്തം ഒന്ന് ആലോചിച്ച് നോക്കൂ ഏറ്റവും അടുത്തിരിക്കണത് ഏറ്റവും സിമ്പിൾ പക്ഷേ ഉറപ്പുണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ നിങ്ങൾ മറന്നു പോകും അതിന് പേരാണ് മായ എന്നുള്ളത് ഏറ്റവും അടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് അപരോക്ഷം എന്ന് പറയുന്നത് സിദ്ധമാണ് കിട്ടിയിരിക്കണം ശ്രുതി വാക്കുതരുന്നു നീ ശ്രദ്ധിച്ചാൽ നീ വിമുക്തനാവും കാരണം ആ പ്രകാശം എന്ന് പറഞ്ഞത് ലൗകിക പ്രകാശമല്ല അതിൽ ആനന്ദമുണ്ട് അതിൽ സൈവജ്ഞാനവുമുണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ മൂലസത്തയാണത് ഇറ്റ് ഈസ് ദ സോഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി സൃഷ്ടിപരതയുടെ മൂലമാണത് ജ്ഞാനം ജേയം ജ്ഞാനഗമ്യം അറിവും അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും ആ ത്രിപുടിയൊക്കെ അവിടെ അടങ്ങിപ്പോകും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുകയില്ലെന്ന ഉപനിഷതുക്തിരഹസ്യമൂർത്തിടേണം കപടയതി എന്ന് വെച്ചാൽ വെറുതെ കള്ളസന്യാസി എന്ന് പറഞ്ഞാൽ പോരാ കപടയതി എന്ന് വെച്ചാൽ വ്യക്തിബോധത്തിനെ നിലനിർത്തിക്കൊണ്ട് സത്യം കണ്ടെത്തണമെന്ന് ശ്രവിക്കുന്നവൻ കപടയത്തിയാണ് അയാൾക്ക് ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കരസ്ഥമാകുകയില്ല തന്റെ സ്വരൂപത്തിനെ ശ്രദ്ധിച്ച് തന്നിൽ തന്നെ സത്തയിരിക്കുന്നു എന്ന് കണ്ട് തേന്നുകരണം തന്റെ ഹൃദയത്തിൽ അതാണ് ഹൃദി സർവസ്യവിഷ്ഠിതം ഹൃദി അയംവർത്തതേ ാണ് സെന്റർ ഇവിടെ ഇരുന്നുകൊണ്ട് സർവസ്യവിഷ്ഠിതം എല്ലാവരുടെ ഹൃദയത്തിലും ഈ മൂലപ്പൊരുൾ ഭഗവത് തത്വം ഇരിക്കുന്നു ഇരിക്കണോ എന്ന് മാത്രമല്ല അതിന്റെ സ്വഭാവമായ ശാന്തി ആനന്ദം പ്രിയം മരണമില്ലായ്മ ഇതൊക്കെ തന്നെ ഉള്ളിലിരിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഏമ്പക്കം വിടുന്ന പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മനോമണ്ഡലത്തിലൊക്കെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സത്സംഗമൊക്കെ അന്വേഷിക്കണത് കസ്തൂരി മൃഗത്തിന് എവിടുന്നോ കസ്തൂരിയുടെ ഗന്ധം കിട്ടണതുകൊണ്ടാണ് അത് കസ്തൂരി എവിടുന്നാ വരണത് എന്ന് അന്വേഷിച്ച് കാടു മുഴുവൻ ഓടി നടക്കുന്നത് അതേപോലെ എവിടുന്നോ നമുക്കൊരു മണം വരുന്നു എവിടുന്നാണെന്ന് പിടികിട്ടണില്ല അന്വേഷിക്കുകയാണ് എവിടുന്നോ ഒരു മണം വരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കൂൾ കോളേജിൽ പഠിക്കുമ്പോ കുറെ കുട്ടികളായി ചേർന്നിരിക്കുമ്പോ അതിലൊരാൾ പറഞ്ഞു ഈ മുറി മുഴുവൻ എന്തോ ഒരു വാസന അടുത്ത മുറിയിലേക്ക് പോയി അവിടെ എന്തോ വാസന വരുന്നു ഒരു മണം വരുന്നു എവിടെ പോയാലും ഏത് മുറിയിൽ മണക്കുന്നു ഇയാളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അപ്പോഴും മണക്കുന്നു തന്നിലുള്ള ഗന്ധമാണ് പുറത്തറിയപ്പെടുന്നത് തന്റെ ഉള്ളില് കിടക്കുന്ന എന്തോ ഒന്ന് മരണമില്ലായ്മയായിട്ടും സ്നേഹമായിട്ടും ശാന്തിയായിട്ടും ഒക്കെ വരുമ്പോ നമ്മൾ വിചാരിക്കണം അത് പുറത്ത് എവിടെ കിട്ടും തരുകയാണ് നായ്ക്ക് ഒരു എല്ലിന്റെ കഷ്ണം കിട്ടി അത് അമർത്തി കടിച്ചപ്പോ നാവ് പൊട്ടി ചോര വരാൻ തുടങ്ങി നായ് വിചാരിച്ചു എല്ലുന്നാണോ ചോര വരണതെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും ആ എല്ലിനെ കടിക്കുകയാണ് അതുപോലെയാണ് നമ്മളുടെയും അന്വേഷണം എല്ലാം ആനന്ദത്തിന്റെയും മൂലം നമ്മളുടെ ഉള്ളിലുണ്ട് ഹൃദയസ്ഥാനത്ത് നിന്നാണ് അത് വരുന്നത് അതിന് ഭഗവാൻ ക്ഷേത്രജ്ഞനെന്നും ആത്മാവെന്നും സത്ത എന്നും പ്രജ്ഞ എന്നുമൊക്കെ പറഞ്ഞു പല പേരുകൾ പറഞ്ഞു ഭഗവാൻ എന്നും നമ്മൾ പ്രിയത്തോടുകൂടെ ഭഗവാൻ എന്നുമൊക്കെ വിളിച്ചു ആ ഭഗവത് തത്വം നമ്മളുടെ സെന്ററാണ് വെളിച്ചങ്ങൾക്കൊക്കെ അത് വെളിച്ചമാണ് ഈ ശ്ലോകം മനസ്സിലായിട്ടില്ലെങ്കിലും കാണാതെ പഠിച്ചു വെച്ചിട്ട് ദിവസം രാവിലെ മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ജ്യോതിഷാമപിതജ്യോതിരമുച്ച ഇരുട്ടിൽ പോലും ഇരിക്കുമ്പോൾ ഞാനുണ്ട് അറിയണ്ട് ആ അറിവ് എവിടുന്ന് വന്നു ഭാരതത്തിന് അമേരിക്കയില് വേദാന്തം ഗീതാപ്രഭാഷണം ചെയ്യാനായി ഒരാള് പോയി വളരെ പ്രസിദ്ധനായൊരു വ്യക്തി അദ്ദേഹം ആദ്യമായി ചെന്നപ്പോ ഒരു മെഡിറ്റേഷൻ ക്ലാസ് നടത്തി എന്നിട്ട് എല്ലാരോടും പറഞ്ഞു അദ്ദേഹത്തിന് അധികം ഈ അധ്യാത്മകാര്യം പരിചയമില്ലാത്ത കുറെ ആളുകളെയാണ് അദ്ദേഹത്തിന് കിട്ടിയതെന്ന് തോന്നുന്നു അവരെയൊക്കെ പിടിച്ച് മുറിയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ധ്യാനിക്കണം ഒരു മന്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുത്ത് ഇതിനെ ഉള്ളുകൊണ്ട് ജപിക്കണം എന്നൊക്കെ പറഞ്ഞ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ പോവും ജപിച്ചിട്ട് നിങ്ങളൊക്കെ എഴുന്നേൽക്കാൻ പറയുമ്പോൾ മാത്രം നിങ്ങൾ എഴുന്നേറ്റ് ഒരാൾ എഴുന്നേറ്റ് ലൈറ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ജപിച്ചിരുന്ന് കണ്ണടച്ചിരുന്ന് കുറെ ഒരു അരമണിക്കൂറായി ഒരു മണിക്കൂറായി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പതുക്കെ എഴുന്നേറ്റിട്ട് ഒരു അന്നൊക്കില്ല നിശ്ചലം അദ്ദേഹം പറഞ്ഞു എഴുന്നേറ്റ് ലൈറ്റിടൂ എന്ന് പറഞ്ഞു ഓ മുഖ ജപിച്ചു ആരും ലൈറ്റിടില്ല കുറെ പറഞ്ഞു അപ്പൊ എല്ലാവരും ഇത്ര ധ്യാനമോ അദ്ദേഹം എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ മുറിയിൽ ആരുമില്ല മുറിയിലൊറ്റ ആളില്ല മറ്റുള്ളവരുണ്ടോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് ലൈറ്റിട്ട് നോക്കണം തൊട്ടു നോക്കണം എല്ലാം വേണം പക്ഷേ ഞാനുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അത് സ്വാനുഭൂതിയാണ് അതിന് പ്രജ്ഞ എന്ന് പേര് പ്രജ്ഞാനം എന്ന് പേര് അനുഭവം എന്ന് പേര് നിങ്ങളുണ്ട് എന്നുള്ളത് അനുഭവമല്ല പ്രതീതിയാണ് ഇന്ദ്രിയ വിഷയമാണ് ഞാനുണ്ട് എന്നുള്ളത് എനിക്ക് ഇന്ദ്രിയ വിഷയമല്ല ഇറ്റ് ഇസ് നോട്ട് സെൻസേഷൻ ഇറ്റ്സ് നോട്ട് സെൻസറി എക്സ്പീരിയൻസ് നിങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് സെൻസറി എക്സ്പീരിയൻസാണ് എന്റെ വീട്ടിലുള്ളവരൊക്കെ അവിടെ ഉണ്ടാവും എന്നുള്ളത് എനിക്ക് മെന്റൽ എക്സ്പീരിയൻസ് ആണ് പക്ഷെ ഞാനുണ്ട് എന്നുള്ളത് സെൻസറി എക്സ്പീരിയൻസും അല്ല മെന്റൽ എക്സ്പീരിയൻസും അല്ല ഇറ്റ് എക്സ്പീരിയൻസ് ഇറ്റ് സെൽഫ് എക്സ്പീരിയൻസ് ഇസ് ദച്ചർ ഓഫ് കോൺഷ്യസ്നസ് ബോധത്തിന്റെ സ്വഭാവമായ അനുഭവം അനുഭൂതിഹി വേദാന്തികൾ സമ്പ്രദായ വേദാന്തികൾ അതിന് അനുഭൂതി സ്വയം പ്രകാശലക്ഷണം എന്നൊക്കെ പറയും അനുഭൂതിഹി സ്വപ്രകാശ അനുഭൂതിത്വാത് അനുഭൂതിവത് എന്നാണ് അതിന് ഉദാഹരണം പറയാ സാധാരണ തർക്ക താർക്കികന്മാര് പക്ഷം ഹേതു എന്നൊക്കെ പറഞ്ഞ് അഞ്ച് കാരണങ്ങൾ പറയും അതായത് പർവ്വതത്തിൽ തീയുണ്ട് എങ്ങനെ മനസ്സിലായി പുക കാണുന്നു പുക കാണുന്നിടത്തൊക്കെ തീ ഉണ്ടാവും അതെവിടെ കണ്ടു അടുക്കളയിൽ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയണ പോലെ എല്ലാത്തിനും ഇത് പറയണം അവർക്ക് ഇന്നലെ ഒരു സമിതിക്കുള്ളൂ അതേപോലെ അനുഭൂതിയുടെ വിഷയത്തിലും ഹേതു ഒക്കെ പറയണം ഉദാഹരണം പറയണം എന്തൊക്കെ പറയുമെന്ന് ചോദിച്ചാൽ അനുഭൂതി ഹി സ്വപ്രകാശ അനുഭൂതി സ്വയംപ്രകാശമാണ് എന്തുകൊണ്ട് അനുഭൂതിത്വാത് അത് അനുഭൂതി ആയതുകൊണ്ട് എന്തിനെ പോലെ അനുഭൂതിവദ് അനുഭൂതിയെ പോലെയാണെന്നാണ് വേറൊന്നും പറയാനില്ല അതെന്തിന്റെങ്കിലും അനുഭൂതിയല്ല നമ്മൾ അങ്ങനെയൊക്കെ ധരിച്ചു വശായിട്ടുണ്ട് എന്തോ ലൈറ്റ് വരും വെളിച്ചം വരും അത് ഈ സിനിമയും ചിത്രം വരയ്ക്കലും ഒക്കെ കൂടെ ആവുമ്പോഴേക്കും ബുദ്ധൻ ആലമരത്തിന്റെ ചോട്ടിൽ ഇരുന്നുവെന്നും അദ്ദേഹത്തിന് ഒരു ദിവസം ബോധ്യ ഉദിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇരുന്നു നോക്കും ഉറുമ്പ് കടിക്കുമായിരിക്കും വേണമെങ്കിൽ ഒന്നും ഉദിക്കില്ല ബോധി ഉദിക്കണ സാധനമല്ല ബോധി സിദ്ധമാണ് എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് ബോധം സദാ കൊണ്ട് ശ്രദ്ധിക്കുന്നത് അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് ശ്രദ്ധ അങ്ങട് തിരിയാൻ ഒരുപക്ഷെ ബുദ്ധനെ പോലെയൊക്കെ മെനക്കെടണ്ടി വന്നേക്കാം ആര് കണ്ടു അല്ലേ ഒരുപക്ഷെ ബുദ്ധന് മെനക്കെടേണ്ടി വന്ന പോലെ മെനക്കെടണ്ടി വന്നേക്കാം ചിലപ്പോൾ വളരെ ഈസിയായിട്ട് സിദ്ധമായേക്കാം രമണ മഹർഷിക്ക് ഒരു മെനക്കെടൻ ഉണ്ടായില്ല ഈ ജന്മത്തിൽ അദ്ദേഹം അറിഞ്ഞു ഈ ജന്മത്തിൽ അതിനുവേണ്ടി പരിശ്രമിച്ചൂല്ല തനിയേയിരുന്നു ഒരു ദിവസം മരിക്കാൻ പോകണു എന്ന് തോന്നി മരണഭയം പിടികൂടി മരിക്കാൻ പോണു ആരെടുത്തും പോയി ചോദിച്ചില്ല അവിടെ തന്നെ കൈയും കാലുമൊക്കെ നീട്ടിക്കടന്നു ഈ ശരീരം മരിച്ചിരിക്കുന്നു ഈ ശരീരത്തിനെ എടുത്തുകൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി എടിച്ചുകളയും ഈ ശരീരം കത്തിപ്പോകുമ്പോൾ എരിഞ്ഞു പോകുമ്പോൾ ഞാനില്ലാതെ അവണുണ്ടോ ഇല്ല ശരീരം എരിഞ്ഞു പോകുമ്പോഴും ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായി ഞാൻ എന്ന അനുഭവം സ്വതന്ത്രമായി ഞാൻ കാണുന്നു അതിന് ദേഹവുമായി സംബന്ധമില്ല ദേഹം എരിഞ്ഞു പോകുമ്പോഴും ഞാൻ ഞാൻ എന്നുള്ള അനുഭവം സ്വതന്ത്ര സത്തയായിട്ട് ഉള്ളിൽ പ്രകാശിക്കുന്നത് കാണുന്നു അപ്പൊ ഈ ഞാൻ ആരാണ് ദേഹമല്ല അത് ബോധമാണ് ആത്മസ്വരൂപമാണ് എല്ലാം കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ബുദ്ധനിൽ നിന്നും രമണ മഹർഷിക്ക് എന്തെങ്കിലും കുറവുണ്ടോ ഒത്തിരി പറഞ്ഞാൽ പക്വത കുറച്ച് കൂടുതലാണ് ബുദ്ധനേക്കാളും ബുദ്ധന് പക്വത കുറവെന്നല്ല ബുദ്ധന്റെ ഉപാധി ദോഷം അദ്ദേഹത്തിന് മതമുണ്ടാക്കാനും സംഘടിപ്പിക്കാനും സനാതനധർമ്മത്തുനിന്ന് വിട്ടുപോകാനുമൊക്കെ കാരണമായി ആ ദോഷ്യങ്ങളൊന്നും ഇവിടെ ഇല്ലാതാനും പരിശ്രമിക്കുമ്പോ കുറച്ചു കുറച്ച് നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒക്കെ അതിൽ കലരും അനുഭൂതി വന്നു കഴിഞ്ഞാലും ആ കലർന്നതിന്റെ ദൂഷ്യം ആ ഞാനിയുടെ പ്രവർത്തനത്തിലുണ്ടാവും കൃപാസിദ്ധന്മാരിൽ മനസ്സിന്റെയും ബുദ്ധിയുടെയും കലർപ്പുണ്ടാവില്ല അതുകൊണ്ട് അവർക്ക് അനുഭൂതി സിദ്ധിച്ചാലും അവരുടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ദൂഷ്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് അവിടെ സിദ്ധാന്തഗ്രാഹിത്വവുമില്ല മഹർഷിക്ക് അവപാടെ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ഇത് നമുക്ക് കിട്ടില്ല എന്ന് ധരിക്കണ്ട സത്യം വേണമെന്നുള്ള ഉത്കടമായ ദാഹമുള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാം വേണമെങ്കിൽ ഇവിടെ ഇരിക്കുമ്പോ കിട്ടാം നടന്ന് വീട്ടിലേക്ക് പോകുമ്പോ കിട്ടാം ആര് കണ്ടു എപ്പോ കിട്ടുമെന്ന് ഗുരുനാനാക്ക് പലചരക്ക് കടയിൽ സാധനം പൊതിഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് ശ്രദ്ധ അവിടെ വീണത് അതിനൊരു കാരണം ബാഹ്യമായി കാകാളീയനായന ഉണ്ടായി ഗോതമ്പ് അളന്നിട്ട് കൊടുക്കാണ് ഏക് ദോ തീൻ ചാർ പാഞ്ച് 8, 7, 9, 10, 11, ബാറ പന്ത്രണ്ട് വരെ പറഞ്ഞു അടുത്തത് തേരാ പതിമൂന്ന് എന്ന് പറയുന്നതിന് പകരം പതിമൂന്ന് എന്ന് അദ്ദേഹത്തിന് അർത്ഥം പോയില്ല തേരാ എന്ന് പറഞ്ഞതും അങ്ങേടെ ആണ് എന്നാണ് അർത്ഥം പോയത് ഹിന്ദിയിൽ തേരാ എന്നുള്ളതിന് അങ്ങേടെന്നർത്ഥണ്ടല്ലോ പതിമൂന്ന് എന്നുള്ള ആ ശബ്ദത്തിന്റെ അർത്ഥം അദ്ദേഹത്തിന് പോയില്ല അങ്ങേടെയാണ് ഞാൻ അങ്ങേടെയാണ് ശരീരം അങ്ങയുടെ ആണ് മനസ്സങ്ങേടെയാണ് പ്രകൃതിയെ മുഴുവൻ ഭഗവാൻ അങ്ങോട്ട് കൊടുത്തു നാനാക്കന് ഭ്രാന്ത് പിടിച്ചു എന്ന് യജമാനന്റെ അടുത്ത് വന്ന് പറയാണ് എന്താന്ന് വെച്ചാൽ ഗോതമ്പ് മുഴുവൻ അടുത്ത് പുറത്തിട്ടിരിക്കുന്നു എപ്പോഴാണ് ആ ശ്രദ്ധ അവിടെ പതിയുക എന്ന് പറയാൻ വയ്യ ശ്രദ്ധ അങ്ങോട്ട് തിരിയുമ്പോ നമ്മളുടെ മൂലത്തിലേക്ക് തിരിയുമ്പോൾ നമ്മളുടെ സ്വരൂപത്തിലേക്ക് തിരിയുമ്പോ ജീവന് ൃതമാവും ജീവിതം ക്ഷേത്രജ്ഞനെ ശ്രദ്ധിക്കുമ്പോ തീർത്തീകൃതമാവും ആ ക്ഷേത്രജ്ഞൻ സ്വയം പ്രകാശമാണ് അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നും വേണ്ട അതിപ്പോഴും പ്രകാശിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മളുടെ അനുഭവത്തിലുണ്ട് അതാണ് ഹൃദയസർവസ്യവിഷ്ഠിതം എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ് ഉപസംഹാരമാണ് അതായത് ഒരു ടോപ്പിക് ഇവിടെ ഭഗവാൻ പൂർത്തിയാക്കുകയാണ് അടുത്ത ശ്ലോകം നോക്കാം ക്ഷേത്രം തധാ ചോക്ത സമാസദ മദ്ഭക്ത വിജ്ഞാ മദ്ഭാവാ kshetram jnanam ഇതി ക്ഷേത്രം തഥാക്തം സമാസത ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു ക്ഷേത്രത്തിനെ പറഞ്ഞു ക്ഷേത്രജ്ഞനെ അറിയാനുള്ള ജ്ഞാനത്തിനെയും പറഞ്ഞു ക്ഷേത്രജ്ഞത്തിന്റെ സ്വരൂപത്തിനെയും പറഞ്ഞു cha uktam സമാസത ഗീതാർത്ഥ ഉപസംഹൃത്യ ഈ പറഞ്ഞത് ശരിക്കങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആചാര്യശങ്കരൻ പറയണത് ഏതാവാൻ ഹി സർവേദാർത്ഥ ഗീതാർത്ഥ ഉക്ത സമസ്തവേദങ്ങളുടെയും അർത്ഥവും ഭഗവത്ഗീതയുടെ അർത്ഥവും പറയപ്പെട്ടു കഴിഞ്ഞു ഏതാവാൻ ഹി സർ വേദ ഗീതം ഉപസംഹരിച്ച് ചുരുക്കി പറഞ്ഞിരിക്കുന്നു അവിടേ സമ്യക്ശനം കിട്ടിയ മത്ഭക്ത മയി പരമേശ്വരെ പരമഗുരോ വാസുദേ സമർപ്പം യത് പശ്യത്തിണോതി സ്പൃശതി വർമേ ഭഗവാൻ വാസുദേവ mad darshanam bhavaye bhavaye mama bhavaha bhavaha upapadyate moksham idik മത്ഭക്ത യഥോക്തം സമ്യർശനം വിജായ മത്ഭാ മമ ഭാവം തേയം ചമാസേത്രേ കുറച്ചും പറഞ്ഞു ഇത് ശരിക്കറിയാൻ ആർക്കാ യോഗ്യതയുള്ളത് എന്ന് വെച്ചാൽ മദ്ഭക്ത ഭഗവാൻ പറയണത് എന്റെ ഭക്തൻ മൈ പരമേശ്വരേ സർവജ്ഞേ പരമഗുരു വാസുദേവേ സമർപ്പിത സർവാത്മഭാവ എന്നാണ് എന്ന് വെച്ചാൽ കൃഷ്ണഭക്തൻ വിഷ്ണുഭക്തൻ എന്ന് മാത്രം അർത്ഥമാധരിക്കരുത് അങ്ങനെയാവാം ജീവിതത്തിൽ പരമസത്യത്തിനെ കണ്ടെത്തണമെന്നും അല്ലെങ്കിൽ ഭഗവാനെ കണ്ടെത്തണമെന്നും ഭഗവത് സാക്ഷാത്കാരം നേടണമെന്ന് വ്രതമെടുക്കുകയും ആ ഭഗവാൻ നമ്മളിൽ തന്നെ നമ്മളുടെ അനുഭൂതിയിൽ തന്നെ ഗൂഢമായിട്ടിരിക്കുന്നുണ്ട് ഗൂഢ ആത്മാ നപ്രകാശത്തെ ദൃശ്യതേതു അഗ്രിയ ബുദ്ധ്യ നമ്മളിൽ തന്നെ ഗൂഢമായി നമ്മുടെ അനുഭവമണ്ഡലത്തിൽ ഇരിക്കുന്നുണ്ട് എന്റെ ഉള്ളിൽ തന്നെ കടഞ്ഞ് ഞാൻ അതിനെ അനുഭവിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്ന് തീരുമാനിക്കുകയും ഇനി ജീവിതത്തിന് അതുമാത്രമാണ് ലക്ഷ്യം എന്ന് ഒരു സങ്കല്പം വെക്കുകയും ആ സങ്കല്പമെടുത്തു ഇതിനാണ് ഭാഗവതം ബ്രഹ്മസത്രായ ദീക്ഷിഷ്യമാണ് എന്ന് പ്രിയവ്രത ചരിത്രത്തിൽ പറയണത് ബ്രഹ്മസത്രം എന്ന് ജീവിതത്തിൽ ഇനി അതാണ് പ്രയോജനം എന്ന് വ്രതമെടുത്തു മമോപാത്ത സമസ്ത ദുരിതക്ഷദ്വാര ശ്രീപരമേശ്വര പ്രീത്യർത്ഥം അസ്മിൻ ജന്മനി പരമേശ്വര സാക്ഷാത്കാരാർത്ഥം നിത്യനിരന്തരഭവത് സ്മരണരൂപ സാധനാ കരിഷ്യേ അങ്ങനെ ഒരു സങ്കല്പം അങ്ങനെ ഒരു സങ്കല്പമെടുത്തിട്ടുള്ള ആള് അയാളാണ് മദ്ഭക്ത അങ്ങനെ അല്ലാത്ത ആളുകൾക്കും പഠിക്കാം അങ്ങനെയാണിപ്പോ ഗീത പഠിക്കൽ മുഴുവൻ ഉണ്ടാവുന്നത് നമുക്ക് ഈ ലക്ഷ്യത്തിനെ ഉറപ്പിക്കലാണ് എല്ലാത്തിനേക്കാളും പ്രധാനം സ്പിരിച്വൽ എക്സ്പീരിയൻസിന്റെ സീക്രട്ട് തന്നെ അതാണ് ലക്ഷ്യം അവിടെ ഉറച്ചാൽ ഇയാൾ എന്തൊക്കെ തന്നെ ചെയ്താലും ചിലപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് വരും ലക്ഷ്യമില്ലെങ്കിൽ മെഡിറ്റേഷൻ യോഗം പ്രാണായാമം ഒക്കെ സാധാരണമാണ് ഇന്നത്തെ കാലത്ത് എവിടെ പോയാലും അതിനൊക്കെ ക്ലാസ് ഉണ്ട് പഠിക്കാം പക്ഷെ എന്തിനാ എന്തിനാ മെഡിറ്റേഷൻ ചെയ്യുന്നത് ആരോ പറഞ്ഞു ബി പി കുറയും അതിനാ അപ്പൊ ഇയാൾ ധ്യാനിക്കുമ്പോഴും ബി പി കുറയാൻ ബി പി കുറയാൻ ബി കുറയാൻ ബി കുറയാൻ കുറെ കഴിയുമ്പോ ബി കൂടി അപ്പൊ പറഞ്ഞു ഈ മെഡിറ്റേഷൻ ശരിയിലാണ് നിങ്ങൾ ബി പിയെ പിന്നെ ബി പി എങ്ങനെ കൂടാതിരിക്കും അതേപോലെ ശരീരത്തിന് സൗന്ദര്യം ഉണ്ടാവാൻ ആരോഗ്യം ഉണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ധ്യാനവും പ്രാണായാമവും യോഗസാധനയുമൊക്കെ ചെയ്താൽ ദറ്റ് ഇസ് നോട്ട് സ്പിരിച്വൽ അത് അധ്യാത്മല്ല നിലമറിച്ച് ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരമാണെന്ന് നിശ്ചയിക്കുകയും മുഖ്യഭാവത്തിനെ അവിടെ കൊളുത്തിടുകയും ചെയ്തിട്ട് പ്രാരബ്ധം കൊണ്ടോയാ ഒരാൾക്ക് ലോകത്തിൽ പണിയെടുക്കേണ്ടി വന്നാലും ഉള്ളു മുഴുവൻ അവിടെയായിരിക്കും രാമകൃഷ്ണദേവൻ അതാണ് പറയാം സദാ അതിനെ സ്മരിച്ചുകൊണ്ടിരിക്കും ഈ അതിന് കൂർമ്മ സങ്കല്പം പോലെ എന്ന് പറയും കൂർമ്മം മുട്ട കരയിലിട്ടിട്ട് സമുദ്രത്തിൽ പോയാലും മുട്ടയെ ചിന്തിച്ചുകൊണ്ടേ ഇരുന്ന് മുട്ട വിരിയോ അതുപോലെ ലോകത്തിലൊക്കെ വ്യവഹരിക്കുമ്പോഴും ആ സത്യസാക്ഷാത്കാരത്തിന് ഉള്ളിൽ പെടഞ്ഞുകൊണ്ടേ ഇരിക്കും ആ പിടച്ചൽ എന്താവും ചിലപ്പോ ഉള്ളില് ആ പെടച്ചൽ കൊണ്ട് തന്നെ സാക്ഷാത്കാരം ഉണ്ടാവാം ചിലപ്പോ ആ പിടച്ചലിന്റെ ഫലം ഫലമായിട്ട് അന്തരിയാമി ഇതെന്റെ വാക്കല്ല ആചാര്യ ശങ്കരൻ തന്നെ ഭാഷ്യത്തിൽ പറയണു ഈ ജീവൻ സത്യത്തിനെ അറിയണമെന്ന് പെടഞ്ഞുകൊണ്ടേയിരുന്നാൽ ഉള്ളിൽ എന്തോ ഒരു ഒരു പ്രോസസ് ഉണ്ടാവും അതിന്റെ ഫലമായി അന്തര്യാമി പുറമേക്ക് ഒരു സദ്ഗുരുവിന്റെ രൂപം ധരിച്ചു വന്ന് ഈ ജീവനെ ഉപദേശിച്ച് മഹവാക്യജ്ഞാനം ഉണ്ടാക്കി സാക്ഷാത്കാരം ഉണ്ടാക്കും ദർശനത്തിന് ചിലപ്പോ ആ സദ്ഗുരു എവിടെയോ എടുത്ത് ജനിച്ചതായിട്ടും വളർന്നതായിട്ടും നമ്മളുടെ മുമ്പിൽ വന്നതായിട്ടും തോന്നാം പക്ഷേ വേദാന്ത പരിഭാഷയിൽ നിങ്ങളുടെ തന്നെ അന്തര്യാമിയാണ് ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങളെ ബോധിപ്പിക്കുന്നത് മാണികപാചകസ്വാമികൾ ബ്രഹ്മരായൻ എന്ന പേരിൽ മധുരയിലെ രാജാവിന്റെ മന്ത്രിയായിട്ട് കുറെ കാലം വസിച്ചു രാജ്യത്തിൽ കണക്കൊക്കെ നോക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ശിവദീക്ഷയിലായിരുന്നു ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുക അകമയ്ക്ക് ഇത് വളരെ ഗൂഢമായ ഒരു യോഗമാണത് ഈ പടച്ചൽ വേറൊന്നും ചെയ്യുന്നില്ല ഭഗവാനെ എപ്പോ എനിക്ക് ഗതി ഞാൻ എങ്ങനെ വിമുക്തനാകും എനിക്ക് ആരു മാർഗദർശനം ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവ് പറഞ്ഞത് അറബിക്കുതിരകൾ വന്നിട്ടുണ്ട് കുറേ ദൂരത്ത് മന്ത്രിയുടെ അടുത്ത് പണം കൊടുത്തിട്ട് പറഞ്ഞു നല്ല അറബിക്കുതിരകളാണ് വാങ്ങിച്ചുകൊണ്ടുവരാനായി പണം കൊടുത്തയച്ചു പണവും കൊണ്ട് അദ്ദേഹം പോകുന്ന വഴി മുഴുവൻ ഉള്ളിന്റെ ഉള്ളില് ഈ ഒരു ദാഹമാണ് ഭഗവത് സാക്ഷാത്കാരത്തിന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുപ്പരുംതുറയി എന്ന സ്ഥലത്ത് അവിടെ വിശ്രമിക്കുമ്പോ അവിടെ ഒരു മരത്തിന്റെ ചോട്ടില് കുറെ ശിഷ്യന്മാരും ഒക്കെയായിട്ട് ഒരു മഹായോഗി അവിടെ ഇരിക്കണം ഇദ്ദേഹത്തിന് മഹാവാക്യ ഉപദേശിച്ചു സൂക്ഷ്മപഞ്ചാക്ഷരി ഉപദേശിച്ചു സാക്ഷാത്കാരുണ്ടായി ശിവയോഗത്തിൽ തന്നെ മറന്ന് കുറച്ചു ദിവസം താമസിച്ചു കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഗുരുവിനെ ഒന്നും അവിടെ കാണാനില്ല അദ്ദേഹം പിന്നെ ഗുരുവിനെ അന്വേഷിച്ചുമില്ല അദ്ദേഹം എവിടെ പോയി അന്വേഷിച്ചില്ല അദ്ദേഹത്തിന് നല്ല ഉറപ്പായിരുന്നു കോക്കഴി ആണ്ട് ഗുരുമനിതൻ താഴ് വാഴക് നിലം തന്മേൽ വന്ത് അരുളി നീൾക്കഴൽകൾ കാട്ടി നായിർക്കടയായി കിടന്ത അടിയേർക്ക് തായിച്ചിരന്ത ദയാവാണ് തത്വനെ നായിനെ പോലെ തെരുവിൽ കിട്ടിയതൊക്കെ തിന്നുകൊണ്ട് നടന്ന എനിക്ക് തായിച്ചിരന്ത ദയാവാണ് തത്വനെ ഒരമ്മ കൊച്ചുകുട്ടിയെടുത്തിൽ ആളിക്കുന്ന പോലെ ഭഗവാൻ എന്റെ മുമ്പില് സദ്ഗുരുവായി വന്ന് എന്നെ പിടിച്ചു ഉയർത്തി ഉദ്ധരിച്ചു ഈ ദർശനത്തിന് എന്താണ് വിധി അഹുമേയുള്ള സത്യം തന്നെ പുറമേക്കൊരു രൂപം ധരിച്ച് ബോധിപ്പിച്ചു ബോധിപ്പിച്ച് ഈ ജീവനെ ഉയർത്തുകയാണ് ഉദ്ധരിക്കുകയാണ് അതാണ് ഭക്തി എന്ന് പറയണത് ഭക്തിക്ക് അങ്ങനെ ശക്തിയാണ് ഭക്തി പ്രപഞ്ചം മുഴുവൻ ഉള്ളിലുള്ള ചിത്തത്തിന്റെ പ്രകടമാണെങ്കിൽ അന്തർയാമി പ്രപഞ്ചത്തിൽ അനേക നാമരൂപങ്ങളോടുകൂടെ വരുന്നുവെങ്കിൽ അതേ അന്തർയാമിക്ക് ഒരു പ്രത്യേക രൂപം എടുത്തു വന്ന് നമുക്ക് സത്യോപദേശം ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല സ്വരൂപജ്ഞാനിഷ്ഠയിൽ നമ്മളെ ഇരുത്താനൊന്നും ബുദ്ധിമുട്ടില്ല പക്ഷേ ഭക്തനായിരിക്കണം ഭക്തനായിരിക്കണം എന്ന് വെച്ചാൽ നിത്യനിരന്തരം ഭഗവത് സാക്ഷാത്കാരത്തിന് കൊതിക്കുന്നവനായിരിക്കണം ബാക്കിയൊന്നും അയാൾക്ക് ലക്ഷ്യമല്ലാതായിരിക്കണം വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് ഈ എനർജി വേസ്റ്റായിട്ട് പോകും എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹമൊക്കെ ഇതിനെ തിന്നുകളയും യാതൊന്നിലേക്ക് ശ്രദ്ധ പരിയാതെ നോക്കിക്കൊള്ളണം ലക്ഷ്യം ഇതാണെങ്കിൽ ഏതദ്വിജ്ഞായ എന്ന് വെച്ചാൽ ഈ ക്ഷേത്രക്ഷേത്രജ്ഞ തത്വം ഭക്തനാണ് കേൾക്കണതെങ്കിൽ മത്ഭാവായ ഉപപത്യത്തെ അയാൾക്ക് ഭഗവത്ഭാവം ഉണ്ടാകും എന്നാണ് സകലതും സർവമേവ ഭഗവാൻ വാസുദേവ ഇത്യേവം ഗ്രഹാവിഷ്ടുദ്ധി പ്രേതം ഭൂതമൊക്കെ പിടിച്ച പോലെ ഗ്രഹാവിഷ്ടബുദ്ധി ബാധയുണ്ടായ ആളെ പോലെ ഇയാൾക്ക് ജ്ഞാനം ഇയാളെ ബാധിക്കും എന്നാണ് പറയുന്നത് ആചാര്യസ്വാമി സകലതും ഭഗവത് സ്വരൂപമാണ് സകല ജഗത്തും വാസുദേവസ്വരൂപമാണ് സർവം ബ്രഹ്മമയം രേ രേ സർവം ബ്രഹ്മമയം ആ അനുഭൂതിയില് രമിച്ചുകൊണ്ടയാൾ അലൗകികമായി ലോകത്തിൽ ജീവിക്കും ആനന്ദതുന്തിലനായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞ് ഭഗവാൻ ആ ഒരു ടോപ്പിക് അവിടെ നിർത്തുകയാണ് അടുത്തത് േത്രം ക്ഷേത്രജ്ഞൻ എന്നുള്ളതിനെ തന്നെ പ്രകൃതി പുരുഷൻ എന്ന പേരിൽ വീണ്ടും ഒരു വിഷയമായിട്ട് തുടങ്ങാണ് അടുത്ത അധ്യായമല്ല ഒരു വിഷയമായിട്ട് തുടങ്ങാണ് കാണാം സർവത്ര ഗോവിന്ദനാമസീർത്തനം അടുത്ത ശ്ലോകം േതു പ്രഭൃതിരു പുരുഷസുഖദുഃാ ഭോക്തൃ ഹേതു പ്രകൃതി പുരുഷം ചെയ്വ് വിധി അനാദി ഉഭാവപി കാര്യ കാരണകർത്തൃത്വെന്നുണ്ടോ പാഠം കാരണം എന്നുണ്ടോ കരണമല്ലേ ഉള്ളൂ കരണമാ കാരണമാരണം എന്നുണ്ടോ പ്രകൃതിയും പുരുഷം ചെയ്വ വിധി അനാദി ഉഭാവപി പ്രകൃതിയും പുരുഷനും പ്രകൃതി എന്നുവെച്ചാൽ ശരീരം ശരീരം തന്നെ പ്രകൃതി ശരീരം മാത്രമല്ല ശരീരമെന്നുള്ളതുകൊണ്ട് ഉള്ളിലുള്ള മനസ്സുമടങ്ങി അതിനകത്തുള്ള ഞാൻ എന്ന അഭിമാനിയും അടങ്ങി അഹങ്കാരം ഇതൊക്കെ പ്രകൃതിയുടെ മണ്ഡലത്തിലാണ് ഇതിനപ്പുറമുള്ള സാക്ഷിചൈതന്യമാണ് പുരുഷൻ ഭാഗവതത്തിൽ പരീക്ഷിത്തും പറഞ്ഞു കൃഷ്ണകഥ പറഞ്ഞുതരു ഏത് കൃഷ്ണനെക്കുറിച്ചാ പറയേണ്ടത് വീരണി തയാഗിലേഹാജം അന്തർബിരുഷകൂപ്രയച്ഛതോ മൃത്യുമുതാമൃതം ചയാമനുഷ്യ വധസ്വ വിവൻ അന്തർബിപൂരുഷകൂപൈ ബഹിഹി കാലരൂപൈഹി അന്തഹരൂപൈഹി ഉള്ളിൽ പുരുഷനായിട്ടും പുറമേക്ക് കാലമായിട്ടും കാലം പ്രകൃതിക്ക് മറ്റൊരു പേരാണ് കാലം പ്രകൃതിയിലാണല്ലോ കാലം ടൈം പ്രകൃതിയിലേക്ക് തിരിഞ്ഞാൽ കാലമാണ് പുരുഷനിലേക്ക് തിരിഞ്ഞാൽ ടൈംലെസ്നെസ് ആണ് അവിടെ ടൈം ഇല്ല രാവും പകലും ഒന്നും ഉണ്ടാവില്ല അക്ഷരമണ്ഠമാലയിൽ രമണ മഹർഷി ഒരു പാട്ടിൽ പാടി രാപ്പകലില്ല വെറു വെളി വീട്ടിൽ രമിത്തിടുമ്പോം വാ അരുണാചല രാവും പകലുമില്ലാത്ത ചിതാകാശത്തിൽ വരൂ നമുക്ക് രമിക്കാം അരുണാചലേശ്വരനെ വിളിക്കാറ് എന്നുവെച്ചാൽ ഞാനുമില്ല അരുണാചലനുമില്ല അവിടെ രാവുമില്ല പകലുമില്ല എപ്പോ മനസ്സ് ആ സോഴ്സ് വിട്ട് വെളിയിൽ വരണോ അപ്പൊ ടൈമൊക്കെ വരും ദേശകാലങ്ങളൊക്കെ വരും അപ്പോ പ്രകൃതി പുരുഷൻ പ്രകൃതിയും പുരുഷം ചെയ്വ അനാദി ഇത് രണ്ടും എവിടെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആദിയും അന്തവും കാണില്ല രണ്ടും ടൈംലെസ് ആയിട്ട് തോന്നും പക്ഷെ പുരുഷനിലേക്ക് പിൻവലിഞ്ഞാൽ പ്രകൃതി അപ്രത്യക്ഷമാവും വികാരാംശ ഗുണംശൈവ പ്രകൃതി വിദ്ധി പ്രകൃതി സംഭവാനും വികാരങ്ങളും സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളും ഒക്കെ പ്രകൃതിയിലാണുള്ളത് എന്നിലല്ല രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചുമ്മാ ഇരിക്കുക നേരം ഈ ശ്ലോകത്തിനെ വിചാരിച്ചിട്ട് മനസ്സിൽ വിചാരം വരട്ടെ അതൊക്കെ പ്രകൃതിയിലാണ് എന്നിലല്ല ശരീരത്തിലെ പല ഭാവങ്ങളുണ്ട് അതൊക്കെ പ്രകൃതിയിലാണ് ഞാൻ ലോകത്തിലെ കാണുന്നുണ്ടല്ലോ കാണുന്നത് പ്രകൃതിയാണ് കേൾക്കുന്നത് പ്രകൃതിയാണ് ചിന്തിക്കുന്നത് പ്രകൃതിയാണ് അഭിമാനിക്കുന്നതും പ്രകൃതിയാണ് ഇതിന് പുറകിലിരിക്കുന്ന ഞാൻ യഥാർത്ഥമായി ഞാൻ ഇതിൽ സംബന്ധപ്പെട്ടിട്ടേ ഇല്ല കേവലം ഇരുപ്പ് മാത്രം സ്വരൂപമായിട്ടുള്ള വസ്തുവാണ് എന്ന് തീരുമാനിച്ചിട്ട് കഴിയുന്നത്രയും നേരം ചുമ്മാരിക്കാം ഇതൊരു പ്രബലമായ സാധനം ചെയ്തു നോക്കൂ വിചാരങ്ങൾ വരുമ്പോൾ വിചാരങ്ങളുടെ കൂടെ പോവുകയും വേണ്ട വിചാരങ്ങളെ പിടിച്ചു നിർത്തുകയും വേണ്ട വിചാരങ്ങളെ അംഗീകരിക്കുകയും വേണ്ട അതിരിക്കട്ടെ ഇപ്പോൾ ഫാൻ ചുറ്റണമുണ്ട് ഞാനും അതിന്റെ കൂടെ ചുറ്റാമ്പോ ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കണു അതുപോലെ മനസ്സിൽ ചിത്തവൃത്തികൾ വരുന്നു വരട്ടെ നല്ല ചിത്തവൃത്തി വരണു വരട്ടെ ചീത്ത ചിത്തവൃത്തി വരണു വരട്ടെ ശരീരം ആയാസത്തോടുകൂടി അങ്ങനെ ഇരിക്കണു ഇരിക്കട്ടെ അനായാസമായിട്ടിരിക്കണു ഇരിക്കട്ടെ ഇത് പ്രകൃതിയാണ് ജ്ഞാനോ ഞാൻ പുരുഷനാണ് പുരുഷന്റെ പണിയെന്താ ചുമ്മാരിക്കൽ പ്രകൃതി പ്രകൃതിയുടെ പണിയെന്താ സദാ ചഞ്ചലം നിർദോഷോ നിശ്ചലോ സദോഷ ചഞ്ചല വധൂ ദാമ്പത്യോ നൂനം രസഭംഗോ ഭവിഷ്യത്തി ദമ്പത്യോർ നൂനം നിർദോഷോ നിശ്ചലോ നാഥ ഇവിടെ നാഥൻ നിർദോഷനാണ് നിശ്ചലനാണ് സദോഷ ചഞ്ചല വധൂ ഇവിടെ വധു സദോഷയും ചഞ്ചലയുമാണ് നിർദോഷനും നിശ്ചലനുമായ നാഥൻ ആണ് വാസ്തവത്തിലുള്ളത് അതിൽ സ്ക്രീനിൽ കാണുന്ന സിനിമ പോലെയാണ് പ്രകൃതിയും അതിനെ അംഗീകരിക്കാതെ ചുമ്മായിരിക്കുകയാണ് എന്ന് ഒരിക്കൽ മാത്രം തീരുമാനിച്ചിട്ട് ചുമ്മാ ഇരിക്കുകയാണെന്നുള്ള വിചാരത്തിനെയും വിട്ടിട്ട് ചുമ്മാരിക്കുക പിരിക്കണോ പോലെ ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോവാൻ കാരണം നമ്മളുടെ ഗൗരവ ബുദ്ധിയില്ലായ്മയും അഹങ്കാരവും അശ്രദ്ധയുമാണ് വലിയ വലിയ സത്യങ്ങൾ വളരെ സിമ്പിളാണ് ഇത്തരമൊന്നും മെനക്കെടാനൊന്നുമില്ല പത്ത് നഴ്സറി ക്ലാസും കൂട്ടി പന്ത്രണ്ട് വർഷം സ്കൂളിലും പ്ലസ് ടുവും ചേർത്തിയ പതിനാല് വർഷം പിന്നെയും ഒരു നാലഞ്ച് വർഷം എഞ്ചിനീയറിംഗ് പിന്നെയും അതിന് മേലെ ഒരു രണ്ടു മൂന്ന് വർഷം ആകെ പാടൊരു പത്തിരുപത്തിരണ്ട് വർഷം തുലച്ചിട്ടാണ് നമ്മളൊക്കെ ഇരിക്കുന്നത് അത്രയൊന്നും മെനക്കാടില്ല അതൊക്കെ രാവും പകലും പഠിച്ച് തലയിൽ കയറ്റി ഒക്കെ മറന്നും പോയി ഒന്നും ഓർമ്മയില്ല എന്തൊക്കെ പഠിച്ചു സ്കൂളിലിരിക്കുമ്പോ അല്ലെ ഒന്നും ഓർമ്മയില്ല ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെയോ ജനിച്ചതും ആരൊക്കെയോ മരിച്ചതും ആരൊക്കെയോ ചണ്ട കൂടിയതുമൊക്കെ പഠിച്ചു ഒക്കെ മറന്നുപോയി ഫിസിക്സ് കെമിസ്ട്രി എന്തൊക്കെയോ പഠിച്ചു ഒക്കെ മറന്നുപോയി കണക്ക് പഠിച്ചതും മറന്നുപോയി എല്ലാം മറന്നുപോയി വെളിയിൽ നിന്ന് വരണതൊക്കെ പോകുവേ അത്രയൊന്നും വിഷമില്ലേ അതിന് ഇതിൽ കാരണം ഇതിലൊന്നും ചെയ്യാൻ പറയണില്ലല്ലോ കർമാതി ശിരിതിൻ്റെ ചുമ്മാ അമർന്തിരുക്ക് അമ്മാ അകത്തിൽ ആത്മജ്യോതിയെ ുഭൂതിയെ ഇരാത് ഭീതിയെ ഇൻബ അംബോധിയെ അയ്യേ അതിസുലഭം കർമ്മത്തിന് സമ്പർക്കമേ നമ്മുടെ സ്വരൂപത്തിലില്ല ചുമ്മാരിക്കുന്നതിന് എത്ര പവറുണ്ടോ അത്രയും പവർ കർമ്മത്തിനില്ല കാരണം കർമ്മത്തിന് ആക്ഷൻ ഹാസ് എ ബിഗിനിങ് ആൻഡ് ആൻ എൻഡ് കർമ്മത്തിന് ഒരു ആരംഭവും അവസാനവും ഉണ്ട് ചുമ്മാരിക്കലും ആരംഭവും അവസാനവും ഉണ്ടോ ചുമ്മാരിക്കലെ എവിടെങ്കിലും ആന ആരംഭ അതിനവസാനവുമില്ല ചുമ്മാ ഇരുന്നിട്ട് ആരെങ്കിലും ക്ഷീണിക്കോ ക്ഷീണിക്കുമ്പോ ഇത്തിരി ചുമ്മാരിക്കും അല്ലേ ഉറക്കത്തിൽ എന്തുകൊണ്ട് സുഖം വരുന്നു ചുമ്മാരിക്കണതുകൊണ്ടാണ് ചുമ്മാ ഇരിക്കുമ്പോൾ ക്ഷീണിക്കുന്നത് ക്ഷീണിക്കും എന്ന് ചിലരൊക്കെ വളരെ ബുദ്ധിപൂർവ്വം തലയാട്ടുണ്ട് ക്ഷീണിക്കുന്നത് നമ്മളല്ല നമ്മളുടെ അഹങ്കാരമാണ് അതിന് ചലിക്കണം ചലിച്ചാലേ ജീവിക്കാൻ പറ്റൂ ആ ചുമ്മാ ഇരിക്കാൻ പറ്റാതെ വരുമ്പോ എപ്പോഴും ചുമ്മാ എന്നല്ല പറയണത് പണി ചെയ്യുമ്പോ ചെയ്തോളൂ അല്ലാതെ എത്ര സമയമുണ്ട് അതൊന്ന് ചെയ്തു നോക്കിയാൽ ഇറ്റ് ഇസ് ഗ്രേറ്റസ്റ്റ് എക്സൈറ്റ്മെന്റ് വെറുതെ ഇരിക്കുന്നു കുറച്ചു നേരം ഒന്നും ധ്യാനിക്കുന്നില്ല ജപിക്കുന്നില്ല വോളണ്ടറി ആയിട്ട് ചിന്തിക്കുന്നില്ല വരുന്ന ചിന്തകളെ എതിർക്കുന്നുമില്ല ഉണ്ടാതിരിക്കാണ് അപ്പൊ കാണാം ആദ്യമൊക്കെ വളരെ വിഷമം എന്താന്ന് വെച്ചാൽ നടുവിന്ന് തോന്നുന്നു എനിക്ക് എന്ന് പറയും എന്തെങ്കിലും കാണണം തോന്നും പുസ്തകം എടുത്ത് വായിക്കണം തോന്നും ടി കാണണം തോന്നും ഒന്നുമില്ലെങ്കിൽ കൈ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്യണം ആ റെസ്റ്റ്ലെസ്നെസ്സിനെ ശ്രദ്ധിക്കാം കുറെ കാലം ശ്രദ്ധിച്ച് അതിന് വഴങ്ങിക്കൊടുക്കാതിരിക്കുക എന്നുള്ളത് അഭ്യസിച്ചാൽ പതുക്കെ പതുക്കെ അതിന്റെ ബലം കുറയും ആഴമുള്ള സമുദ്രം പോലെ അങ്ങനെ ഇരിക്കാം പ്രസന്നമുദിം യഥ ചുമ്മായിരുന്നും പഴക് എന്നു എല്ലാം ചെയ്യണം അതിന്റെ ഇടയിൽ കൂടെ ഒത്തിരി നേരം ആ ചുമ്മായിരുന്നാൽ ട്രമൻഡസ് എനർജി യു വിൽ ഹാവ് ഉറങ്ങിയാൽ അത്ര കിട്ടില്ല കാരണം ഉറക്കത്തിൽ മനസ്സുണ്ട് ജാഗ്രത്തിലും മനസ്സുണ്ട് സ്വപ്നത്തിലും മനസ്സുണ്ട് ഉറക്കത്തിൽ മനസ്സിന്റെ എഫക്റ്റ് കുറയുന്നത് കൊണ്ടാണ് ഉറക്കത്തിൽ ആ നമുക്ക് ശക്തിയും പവറുമൊക്കെ കിട്ടുന്നത് പക്ഷേ ഉറക്കത്തിലും മനസ്സുണ്ട് മനസ്സ് ആവരണമായിട്ട് കിടക്കണുണ്ട് വിക്ഷേപമില്ല അത്രയേ ഉള്ളൂ ചുമ്മാരിക്കലും മനസ്സില്ല മനസിന്റെ സമ്പർക്കം വിട്ടിട്ടാണ് െ ഉപേക്ഷിക്കലാണ് നമ്മളുടെ ഫ്രീഡം ഒന്നിനെ ആശ്രയിക്കരുത് മനസ്സിന്റെ സമ്പർക്കം വിട്ട് രണ്ടു മിനിറ്റ് നേരം ഇരുന്നാൽ അമൃതം കുടിച്ചതിന്റെ ശക്തി ഉണ്ടാവുള്ളത് കഴിയുന്നതും രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് സുഖമായിട്ട് ഫ്രഷായിട്ടിരിക്കുമ്പോൾ രാത്രി ഉറക്കം വന്നില്ലെങ്കിൽ ഒന്നിനെ ആശ്രയിക്കരുത് പ്രകൃതി ധർമ്മത്തിനെയൊക്കെ ആശ്രയിക്കുന്നതിന് ഉപേക്ഷിക്കലാണ് നമ്മളുടെ ഫ്രീഡം ഒന്നിനെ ആശ്രയിക്കരുത് ഉറക്കത്തിനെ ആശ്രയിക്കരുത് ഉറക്കം വരുമ്പോൾ ഉറങ്ങാം ഉറക്കം പോയോ രാത്രി ഉറക്കം വരണേലേ ഈ ഉറക്കം വന്നില്ലല്ലോ ഉറക്കം വന്നില്ലല്ലോ അതിനു പകരം ചുമ്മാരിക്കാം ആ നിശ്ചലതയിൽ ഒരു ശബ്ദവുമില്ലാത്ത നിശ്ചലതയിൽ ആ രാത്രിയുടെ നിശ്ചലതയിൽ ചുമ്മാരിക്കാം ചിന്തിക്കും വേണ്ട വായിക്കുകയും വേണ്ട ജപിക്കുകയും വേണ്ട ചിന്തകളുടെ കൂടെ പോകും വേണ്ട ചിന്തകളെ പിടിച്ചു നിർത്തുകയും വേണ്ട ചുമ്മാരിക്കാം കുറച്ചു നേരം ഉറങ്ങുന്നതിന് കാളു ഊർജം കിട്ടും ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞ് പകുതി എഴുന്നേറ്റ് ടി കാണരുത് പകൽ സമയത്ത് ടി കണ്ടാൽ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നുള്ള എല്ലാം കുഴപ്പമാണ് പക്ഷെ കമ്പാരിറ്റീവ്ലി കുഴപ്പം കുറവായിരിക്കും രാത്രി രണ്ടു ഉറക്കങ്ങൾക്ക് നടുവിൽ നമ്മളുടെ ഹൃദയം തുറന്നാണ് ഇരിക്കുന്നത് അപ്പൊ എഴുന്നേൽക്കുമ്പോ നിങ്ങൾ ടി വിയിൽ ഭയങ്കരമായി വലതുമൊക്കെ കണ്ടിട്ട് വീണ്ടും കിടക്കാൻ പോയാൽ അത് നേരെ ഉള്ളിൽ പോയി രോഗമായിട്ടും വിഷമങ്ങളായിട്ടും സൈക്കിക് ഡിസ്റ്റർബൻസ് ആയിട്ടും ഒക്കെ പരിണമിക്കും അതുകൊണ്ട് രാത്രി ഉറക്കം വന്നില്ലെന്ന് പറഞ്ഞ് പകുതി രാത്രി എഴുന്നേറ്റിട്ട് വേണ്ടാത്തരൊന്നും കാണുകരുത് ചിന്തിക്കരുത് ചിന്തയ്ക്ക് കൂട്ടു നിൽക്കാതെ നിശ്ചലമായിട്ടിരിക്കാം നിശ്ചലതത്വം നമ്മളൊന്നിനെ ആശ്രയിക്കണില്ല ഉറക്കം വരല്ലേ ചുമ്മാരിക്കുന്നു പകൽ സമയത്ത് ഒന്നും ചെയ്യാനല്ലേ ചുമ്മാരിക്കുന്നു ബസ്സിലേക്ക് പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുന്നു കുറെ നേരമുണ്ട് ചുമ്മാരിക്കാം അലേർട്ട് വിജിലൻഡ് നോ വോളറി തോട്ട്സ് involuntary thoughts will be there no voluntary thoughts yanayitu chintagalukku fuel kodukana illa chintagaley niyantrikunnum mm illa chintagal okka prakriti ilana shariram prakriti ilana ee kanuna vasthukal okka prakriyana ullil ahankarai udikinnad asthamikinnad polum prakriyana adine sakshiyaya chumma irikuna vasthuvana naan enikini onnum nedanilla ullada vasthu mathramana adu satyamana enna angikarikke chumma irikka कार्यकरणकर्तृत्ति्योदश देभ काूता पंच विषयासंभवा पूर्वोता गुणाश्च प्रकृतिसंभवा सुखदुख मोहात्म കാര്യകരണ കർത്തൃത്വ ഹേതുഹോ പ്രകൃതി രൂക്ഷത്തെ കാര്യം എന്നുവെച്ചാൽ ശരീരം കരണമെന്നു വച്ചാൽ ഈ ശരീരത്തിൽ പൊന്തി വരുന്ന ഇന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ദുഃഖ കൂടെ പതിമൂന്ന് ഇതിൽ നിന്നുമാണ് ശരീരം പൊന്തി വന്നിരിക്കുന്നത് അതിനൊക്കെ കാരണം പ്രകൃതിയാണ് പ്രകൃതിയിലാണ് ശരീരം നിൽക്കുന്നത് പ്രകൃതിയിലാണ് മനസ്സ് നിൽക്കുന്നത് പ്രകൃതിയിലാണ് അഹങ്കാരം നിൽക്കുന്നത് പുരുഷ സുഖദുഃഖാണാം ഭോക്തൃത്വേ ഹേതുച്ഛത അതിനു പുരുഷൻ അഭിമാനിക്കുന്നത് കൊണ്ട് തീരുന്നു നമ്മൾ വാസ്തവത്തിൽ ചുമ്മായിരിക്കുന്ന പൊരുളാണ് പക്ഷെ ചുമ്മായിരിക്കുന്ന പൊരുളാണെന്ന് അറിയാതെ ഞാനൊരു വ്യക്തിയാണെന്ന് കരുതി പ്രകൃതിയിൽ ഇൻവോൾവ് ആവുമ്പോ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേ തുരു അതിലത്തെ സുഖ ദുഃഖങ്ങളൊക്കെ എന്റെ സുഖ ദുഃഖങ്ങളാവും എനിക്കും അതിനും സമ്പർക്കമില്ലെങ്കിലും ഒരേ ദുഃഖം വിഷമം അതുകൊണ്ട് ഇത്തിരി ഒന്ന് മനസ്സ് ശാന്തമാവാൻ സിനിമ കാണാൻ പോട്ടെ വന്ന് പോവുകയാണ് പഴയ കാലത്ത് മലയാളം സിനിമകളൊക്കെ കരച്ചലായിരിക്കും അപ്പൊ ഒന്ന് സിനിമ കാണാൻ പോട്ടെ വീട്ടിൽ ഒരേ ദുഃഖം എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ പോയിട്ട് സിനിമ കണ്ടിട്ട് വരുമ്പോഴും തുടച്ചുകൊണ്ടേ എന്താ അവിടെ പോയാലും യു ഗോട്ട് ഇൻവോൾവ് ഉണ്ട് വീട്ട് അതിനകത്ത് പോയാൽ സുഖദുഃഖാണാം ഭോക്തൃത്വ ഏതൊരു അതിലും സുഖദുഃഖങ്ങൾ കാണപ്പെടുകയാണ് അതിൽ പോയി ഭോക്താവായി വീണ് കഴിയുമ്പോ ആകെ പാട് കരച്ചിലും ദുഃഖവും വിഷമവും അപ്പൊ പ്രകൃതി പ്രകൃതിയിൽ ഇരുന്നാൽ പുരുഷനും സുഖ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും അടുത്ത ശ്ലോകം നോക്കാം ഗുണം ഗുണസംഗോദ്യോ പുരുഷ പ്രകൃതി സ്ഥോഹി ഭുക്തേ പ്രകൃതി ജാൻ ഗുണാൻ പുരുഷൻ യാതൊന്നിനോടും സമ്പർക്കമില്ലാത്ത ആളാണല്ലോ പിന്നെ എങ്ങനെ പുരുഷൻ പ്രകൃ സുഖ ദുഃഖങ്ങളെ അനുഭവിക്കണമെന്ന് പറയണമെന്ന് വെച്ചാൽ പ്രകൃതി സ്ഥ പ്രകൃതിയോട് അഭിമാനിക്കുന്നത് കൊണ്ട് ചുമ്മായിരിക്കാതിരിക്കണത് കൊണ്ട് ഭൂക്തേ പ്രകൃതി ജാൻകുണാൻ ഡുവർഷിപ്പ് ആൻഡ് എൻജോയർഷിപ്പ് കംസ് കർത്തൃത്വം ഭോക്തൃത്വം ഞാൻ കർത്താവാണ് ഞാൻ ഭോക്താവാണ് ഒത്തിരി മറന്നാ വരും പിടിക്കും ഞാനാണെല്ലാം അനുഭവിക്കുന്നത് ശ്രദ്ധിച്ചാലോ ഉള്ളിൽ അനുഭവിക്കുന്ന ആള് ഞാനല്ല ഞാനെന്നുള്ള അഹങ്കാരത്തിന് അനുഭവിക്കാൻ പറ്റില്ല ബോധമാണോ ഉള്ളിലിരുന്ന് അനുഭവ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പക്ഷേ അഹങ്കാരം സ്ക്രീനിന്റെ അസ്തിത്വത്തിന് സിനിമയിൽ നടിക്കുന്ന രൂപം ഏറ്റെടുക്കുന്ന പോലെ സച്ചിദാനന്ദത്തിന്റെ അസ്തിത്വത്തിന് അഭിമാന രൂപിയായ അഹം ഏറ്റെടുത്തിട്ട് ഇത് രണ്ടും കൂടെ എവിടെയോ ഒരു മിക്സർ ഉണ്ടായിട്ട് പ്രകൃതി ചാൻകുണാൻ ചിജട ഗ്രന്ഥി എന്നിതിന് വേറെ ഒരു വിധത്തിൽ പറയാം ചിത്തിനെയും ജടത്തിനെയും നടുവിൽ അഹങ്കാരം ഉണ്ടായിട്ട് ഞാൻ ഈ സുഖദുഃഖങ്ങളെയൊക്കെ അനുഭവിക്കണമോ എന്ന് അഭിമാനിക്കും ഈ അഹങ്കാരം ഇല്ലെങ്കിലോ പ്രകൃതി പ്രകൃതിയുടെ പാട്ടിൽ പ്രവർത്തിക്കും പുരുഷൻ നിശ്ചലമായിട്ടിരിക്കും പുരുഷ പ്രകൃതി സ്തോഹി നമ്മൾ പ്രകൃതിസ്ഥിറാവുമ്പോഴാണ് പ്രകൃതിയിലുള്ള ഗുണങ്ങളൊക്കെ നമ്മളിൽ വരുന്നത് അതുകൊണ്ടാണ് രമണ മഹർഷി സദാ ഒരേ ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നത് എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കണം മഹർഷി ചോദിക്കുക ആരുടെ മനസ്സാ എനിക്ക് കോപം വരുന്നുവല്ലോ കോപം ആർക്ക് വരുന്നു ശ്രദ്ധിക്കാം കോപം കോപത്തിനോടുകൂടെ ഐഡന്റിഫൈ ചെയ്യാതെ കോപം ആർക്ക് വരുന്നു ശ്രദ്ധിച്ചാൽ എനിയിലേക്ക് പോകും അല്ലെ ശ്രദ്ധിക്കാതെ അതിലേക്ക് വീണ് കഴിയുമ്പോ പ്രകൃതിസ്ഥനായിട്ട് തീരും ഞാൻ അപ്പൊ ഞാൻ തന്നെ കോപിയായിട്ട് തീരും കോപം എന്നുള്ള വികാരത്തിനെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അപ്പൊ കോപത്തിന് അംഗീകരിക്കും ഞാൻ ഒരമ്മ ചോദിച്ചു ദേഷ്യം ഒരുപാട് വരുന്നു എങ്ങനെ നിയന്ത്രിക്കണം ചിലപ്പോ ഈ അവസരത്തിൽ പുറപ്പെടുമ്പോഴാണ് ചിലരിങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കാം അപ്പൊ അപ്പോ എപ്പോഴോ കേട്ട ഒരു ഓർമ്മയുണ്ട് അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ദേഷ്യം വരുമ്പോ അമ്പലത്തിൽ പത്ത് റുപ്പ്യ ഇടാം ഓരോരു പ്രാവശ്യം ദേഷ്യം വരും അവർ പറഞ്ഞു അയ്യോ അത് വളരെ കോസ്റ്റ്ലി ആയിട്ട് തീരും ഒരുപാട് ചെലവാകുന്നു അങ്ങനെ ചെലവാകും തോന്നണ്ടല്ലോ അപ്പൊ ഓരോരുക്ക് ദേഷ്യം വരുമ്പോഴും പത്ത് റുപ്പ്യ നോട്ട് ഇങ്ങനെ വന്ന് നിൽക്കും അപ്പൊ ദേഷ്യത്തിനെ മാറി നിന്ന് കാണും കുറെ കഴിയുമ്പോൾ ദേഷ്യം വരുമ്പോഴൊക്കെ പത്ത് റുപ്യ ഓർമ്മ വരും അപ്പൊ ദേഷ്യത്തിനെ മാറുന്നെന്ന് കാണും അപ്പൊ മനസ്സിലാവും ദേഷ്യം ഞാനല്ല എന്ന് മനസ്സിലാവും ദേഷ്യം എന്റെ മുമ്പിൽ വരികയും പോവുകയും ചെയ്യുന്ന ഒരു വികാരമാണ് ദേഷ്യത്തിനെ ഞാൻ കാണുകയാണ് കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം അപകടമില്ല അതിൽ വീണ് കഴിഞ്ഞാൽ ഞാൻ ദേഷ്യമായി എല്ലാ വികാരങ്ങളെയും സ്വഭാവം അതാണ് ആ വികാരങ്ങളിലേക്ക് ഞാൻ വീണു കഴിഞ്ഞാൽ ഞാൻ തന്നെ അതായിട്ട് തീർന്നു ചിലപ്പോ ആളുകൾക്ക് കാണുന്നതൊക്കെ താനാണെന്നുള്ള താതാത്മ്യത്തിൽ വീണ് പോകുമല്ലോ സിനിമയില് സ്ക്രീനിൽ നടക്കുന്ന കാര്യം കണ്ടിട്ട് കയ്യില് കിട്ടിയതെടുത്ത് സ്ക്രീനിലൊക്കെ എറിയും എന്താ താതാത്മ്യം പ്രാപിക്കുകയാണെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അടിയൊക്കെ കിട്ടും പ്രകൃതിസ്ഥരാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് നമ്മളും അതുപോലെയാണ് നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരവുമായി താതാത്മ്യം പ്രാപിച്ചിട്ടാണ് അയാളുടെ സ്വഭാവമൊക്കെ നമ്മളുടെ സ്വഭാവമായിട്ട് മാറിയിരിക്കണം ഇത് നമ്മളുടെ സ്വഭാവമല്ല പ്രകൃതിയുടെ സ്വഭാവമാണ് പുരുഷ പ്രകൃതിസ്ഥോ ഹി പൂക്തേ പ്രകൃതിജാൻ ഗുണാണ് പുരുഷൻ പ്രകൃതിയുമായി അറ്റാച്ചഡാവുമ്പോ പ്രകൃതിയുടെ സുഖം ദുഃഖം സത്വം രജസ് തമസ് ള് ജനനം മരണം എല്ലാം തന്റെയാണെന്ന് കരുതുന്നു കാരണം ഗുണസംഗോസ് ഈ ഗുണസംഘം കാരണം ഇയാളുടെ ഉള്ളിൽ ചൈതന്യവും അല്ല ജടവും അല്ലാത്ത ഒരു സാധനം ജനിക്കും അതിനാണ് അഹങ്കാരം എന്ന പേര് അതാണിപ്പം നമ്മള് ഈ ചൈതന്യവും ജഡവും അല്ലാത്ത അഹന്ത സദസദ്യോനി ജന്മസ് ഓരോ ജന്മങ്ങൾ ഓരോ ജന്മങ്ങളായി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അഹന്തയ്ക്കാണ് പുനർജന്മം ആത്മാവനല്ല आत्माव जनव अहंतर्जन्मदुमोह आकाराभिव्यक्त गुणा सुखी दुखी मूढ़ पंडित अहम इत जादान प्रकृति ई गुण त अभिमिक ഗുണസംഗോസ്യ സഖസദ്യോനി ജന്മസു ഇയാൾക്ക് ഗുണത്തിനോട് സംഘം ഉണ്ടാവുമ്പോ അനേക ജന്മങ്ങളും എടുക്കും ജനനമരണ ചക്രത്തിന് വേണമെങ്കിൽ ഇവിടെ തന്നെ ഭേദിക്കാം നമ്മൾ അറിയേണ്ട വസ്തുവിനെ അറിയേണ്ട രീതിയിൽ അറിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ബോധം പ്രകൃതി സംബന്ധമില്ലാത്തതാണെന്ന് അറിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ സാക്ഷിയാണെന്ന് അറിഞ്ഞാൽ ചുമ്മായിരുന്നാൽ ജീവൻ വെളിയിൽ പോകും ഒരു കഥ രാമകൃഷ്ണ ശ്രീരാമകൃഷ്ണദേവൻ പറയണ കഥയല്ല വളരെ പ്രസിദ്ധമായ കഥയാണോ അത് ഒരാള് ഒരു കിളിയെ വാങ്ങിച്ചു കൊണ്ടുവന്നു എവിടുന്നോ ദൂരത്തുനിന്ന് ഒരു കിളിയെ കൊണ്ടുവന്നു കൂട്ടിലിട്ട് വച്ചു ആ കിളിക്ക് വർത്തമാനം പറയാനൊക്കെ പഠിപ്പിച്ചു അപ്പൊ ഇയാള് ഈ കിളിയെ പിടിച്ചുകൊണ്ടുവന്ന കാട്ടിലേക്ക് കുറെ ദിവസം കഴിഞ്ഞ് പോകുമ്പോ ഈ കിളിയോട് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിന്റെ ഇണക്കിളി അവിടെ ഉണ്ടാവും ഈ കിളി പറഞ്ഞു എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാനിവിടേതാ കൂട്ടിന്റെ ഉള്ളിലിരിക്കുന്നു എനിക്ക് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് സുഖമായിട്ട് ഭക്ഷണം കിട്ടും പക്ഷെ കൂട്ടിന്റെ മാത്രം ആ വർത്തമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇയാൾ അതേപോലെ ശരി എന്ന് പറഞ്ഞു അയാൾ പോയ സ്ഥലത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് കാട്ടിലെത്തി കാണുന്ന കിളികളോടൊക്കെ പറഞ്ഞു നിന്റെ ഇണക്കിളി അവിടെ ഞങ്ങളുടെ എന്റെ കൂട്ടിന്റെ ഉള്ളിൽ വീട്ടില് കൂട്ടിലിരിക്കുന്നുണ്ട് ഭക്ഷണമൊക്കെ അതിനെ കിട്ടുന്നുണ്ട് പക്ഷെ കൂട്ടിന്റെ ഉള്ളിലാണെന്നും പല കിളികളും കേട്ടു അതിലൊരു കിളി ഈ വാർത്ത കേട്ടതും അപ്പൊ തന്നെ ചത്ത് ചോട്ടൽ വീണു അപ്പൊ ഇയാള് വിചാരിച്ചു ഓ ഇതായിരിക്കും ഇണക്കിളി വെറുതെ ഞാൻ ഈ വാർത്ത പറഞ്ഞതുകൊണ്ട് ഈ കിളിക്ക് വിഷമുണ്ടായി ചത്ത് വീണു എന്തായാലും വീട്ടിൽ ചെന്നിട്ട് ആ കിളിയോടും പറഞ്ഞു ഇതുപോലെ ഒരേ ഒരു കിളി മാത്രം ചത്തു ചുവട്ടൽ വീണു അതായിരിക്കണം തന്റെ ഇണക്കിളി എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ ഉടമേ ഈ കിളിയും ചത്തുവീണു കൂട്ടിന്റെ ഉള്ളിൽ ഇയാൾക്ക് വളരെ വിഷമായി പ്രിയപ്പെട്ട കിളിയെ ഈ വർത്തമാനം കൊണ്ടുവന്ന് കൊടുത്തിട്ട് കൊന്നുവല്ലോ ഞാൻ ഇനീപ്പോ അതിന് വെച്ചിട്ട് കാര്യമില്ല കൂട് തുറന്ന് അതിനെടുത്ത് പുറത്തിട്ടതും അത് പറന്നുപോയിട്ട് പൊള്ളും മരത്തിന്റെ കൊമ്പിൽ കയറിയിരുന്നു എന്നിട്ട് പറഞ്ഞു ആ കാട്ടിലിരിക്കുന്ന കിളിയും ചത്തിൽ ചത്ത പോലെ ഇരുന്നാൽ കൂട്ടിൽ നിന്ന് വെളിയിൽ വരാം എന്ന് എനിക്കൊരു ഉപദേശം തന്നതാണ് അതുകൊണ്ട് അതിനനുസരിച്ചിട്ട ഞാൻ വെളിയിൽ വന്നു പട്ടണത്തെ അറുപാടി തമ്മിൽ ചത്താറൈ പോലെ തിരി എന്നാണ് ചത്താറൈ പോലെ തിരി എന്ന് വെച്ചാൽ അഹങ്കാരം ഉദിക്കാതിരിക്കട്ടെ എന്നാണ് ലെറ്റ് ദർ ബി നോ റെസിസ്റ്റൻസ് ഇൻ റെസിസ്റ്റൻസ് ഇല്ലാതെ ഇരിക്കട്ടെ റെസിസ്റ്റൻസ് ആണ് മുങ്ങാൻ കാരണം ശവത്തിനടുത്ത് വെള്ളത്തിലിട്ടാൽ ശവം പൊങ്ങിക്കിടക്കണു ജീവനുള്ള ആളെന്തേ മുങ്ങണത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അഹന്ത പോലും ഒതുക്കാതെ ഇരുന്നാൽ അഹമയ്ക്ക് ചുമ്മാ ഇരിക്കൽ എന്ന് വെച്ചാൽ ദറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് മെഡിറ്റേഷൻ ചുമ്മാ ഇരിക്കുന്നതിന് എന്താ തടസ്സം ഞാൻ ഈ ഞാൻ ചുമ്മാ ഇരി എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഉപദേശം അതിന് വയ്യാതാവുമ്പോഴാണ് രമണ മഹർഷി പറഞ്ഞത് ഈ ചുമ്മാ ഇരിക്കുന്നതിന് നടുവിൽ ഞാൻ എന്ന് ഉദിക്കുന്നത് എന്താണ് അത് എവിടുന്ന് ശ്രദ്ധിക്കൂ അത് ഉദിക്കുന്നതിന് ശ്രദ്ധിച്ചാൽ ഉദിക്കുന്ന സ്ഥലത്ത് അത് ലയിക്കും ലയിക്കുമ്പോൾ ചുമ്മാ ഇരിക്കൽ അവിടെ ഉണ്ട് ചുമ്മാ ക്രിയേറ്റഡല്ല ചുമ്മാ ഇരിക്കലാണ് നമ്മളുടെ സ്വരൂപം ആ ചുമ്മാ ഇരിക്കലിന് തടസ്സം ചെയ്തുകൊണ്ട് ഒരു കർത്താവും ഭോക്താവുമായി ഒരു അഹങ്കാരം പൊന്തുണു അത് പൊന്തുന്നിടത്തിൽ അയച്ചാൽ ചുമ്മാ ഇരിക്കൽ സ്വഭാവമാണ് വലിയ വലിയ മഹാത്മാക്കൾക്കൊക്കെ ഈ ഉപദേശമാണ് അരുണഗിരിനാഥസ്വാമികൾ പൂർവ്വ ജീവിതത്തിൽ പരമവൈഷികനായിട്ടിരുന്നതായിട്ടാണ് കഥ ഭോഗിയായും വളരെ വൃത്തികേടുകൾ കാണിച്ച് നടന്നതുമായിട്ടൊക്കെയാണ് കഥ അത് വാസ്തവമാണോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാമല്ലോ എന്നാലും അദ്ദേഹത്തിന്റെ പാട്ടിൽ തന്നെ അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞ് കരയുന്നുണ്ട് അത്രയും ഭോഗിയായിരുന്ന ആള് അവസാനം പശ്ചാത്താപം ഉണ്ടായി മഹാരോഗിയുമായിട്ട് മഹാരോഗിയുമായി പശ്ചാത്താപം ഉണ്ടായി തിരുവണ്ണാമലയിൽ വള്ളാളർ മഹാരാജ ഗോപുരത്തിന്റെ മുകളിൽ കയറിയിട്ട് മുരുക എന്ന് പറഞ്ഞിട്ട് തലവരായിട്ട് ചുവട്ടിലേക്ക് പോയി സൂസൈഡ് ചെയ്യാൻ പുറപ്പെട്ടതാ ആ സമയത്ത് മുരുകൻ ഒരു സദ്ഗുരുവായ അദ്ദേഹത്തിന് ആൾക്കൊണ്ട് തോന്നുന്നതാണ് പിടിച്ചു പിടിച്ചിട്ട് ഞാൻ മഹാഭാപിയാണ് ഞാൻ ചെയ്യാത്ത തെറ്റുകളൊന്നുമില്ല എന്നുള്ള അഹന്തയോടുകൂടെ ഇരിക്കുന്ന പരമദുരാചാരിയായ ഒരാൾക്ക് പ്രായശ്ചിത്തമോ മന്ത്രജപമോ തീർത്ഥയാത്രയോ ഒന്നും പറയുന്നതിന് പകരം ചുമ്മായിരു സൊല്ലറ എന്ന് പറഞ്ഞു അത്ര ചെമ്മാൻ മകളെ തിരിടും തിരുടൻ തെമ്മാൻ മുറുകൻ തിരവാൻ ഇരവാൻ ചുമ്മായിരു സൊല്ലറ എന്നതുമേ അമ്മാരുളൊണ്ടു മറിന്ദിലനെ അരുണഗിരിനാഥസ്വാമികൾ കണ്ടരനുഭൂതിയില് പാടി ചുമ്മായിൽ ചൊല്ലറയെ റതുമേ എന്താ ചെയ്ത് പന്ത്രണ്ട് വർഷം ചുമ്മായിരുന്നു അദ്ദേഹം പന്ത്രണ്ട് വർഷം പ്രകൃതി സംബന്ധമായി വേണ്ടാത്തരം കാണിച്ചിട്ട് ശരീരത്തിലും മഹാരോഗവും മനസ്സിൽ ഇല്ലാത്ത വിഷയവാസനകളുടെ കുഴപ്പങ്ങളും ഒക്കെ പ്രകൃതി സംബന്ധമായ കുഴപ്പത്തിന് പ്രകൃതി സംബന്ധമായി വേറെ എന്തെങ്കിലും കർമ്മം ചെയ്തിട്ട് നീക്കാനും ശ്രമിച്ചില്ല പ്രകൃതി സംബന്ധമായി മനസ്സിലുണ്ടായ കുഴപ്പങ്ങൾക്ക് പ്രകൃതി സംബന്ധമായി എന്തെങ്കിലും ജപമോ ധ്യാനമോ ചെയ്ത് നീക്കാൻ ശ്രമിച്ചില്ല ശരീരത്തിനെയും മനസ്സിനെയും അങ്ങോട്ട് വിട്ടിട്ട് പന്ത്രണ്ട് വർഷം ചുമ്മാ ഇരുന്നപ്പോ ശരീരത്തിലുള്ള രോഗവും മാറി മനസ്സിലുള്ള വിഷയവാസനയും പോയി അമ്മാരുളൊണ്ടും അറിന്തിലനെ യാനാകിയ എന്നെ വിഴുങ്ങി വെറും താനായി നില നിറത് തത്പരമേ ഞാനായ എന്നെ ഈ അഹന്തയായ എന്നെ അങ്ങനെ വിഴുങ്ങിക്കളഞ്ഞിട്ട് താൻ താനായൊരു പൂർണ്ണ വസ്തു പ്രകാശിച്ചു അതിനെന്ത് ചെയ്തു ഒന്നും ചെയ്യത്തില്ല അതിനർത്ഥം ശാരീരിക രോഗങ്ങൾ പോലും നമുക്ക് ശരിക്ക് ചുമ്മാ ഇരിക്കാമെങ്കിൽ മാറിക്കൊള്ളു പ്രകൃതിയുടെ കോൺസ്റ്റന്റ് വർക്ക് ഓഫ് നേച്ചർ ഇറ്റ്സ് എൽഫ് ഈസ് ഹീലിംഗ് നമ്മൾ എന്ത് ചെയ്യണു ൂത്രപ്പണിയും അഭിമാനവും നമ്മളുടെ പ്രവർത്തികളും കാരണം കോൺസ്റ്റന്റ് വി ആർ ഡിസ്റ്റർബിങ് നേച്ചേഴ്സ് വർക്ക് നമുക്ക് പ്രകൃതിയിൽ ട്രസ്റ്റ് ഇല്ല നമ്മളുടെ അഭിമാനത്തിൽ ട്രസ്റ്റ് വരണത് കൊണ്ട് എന്താ നമ്മൾക്ക് ശരണാഗതി ചെയ്യാൻ സാധിക്കണില്ല ആകപ്പാട് ശരണാഗതി ചെയ്യുന്നത് ഉറങ്ങുമ്പോൾ മാത്രമാണ് ജാഗ്രത ബോധപൂർവം ശരണാഗതി ചെയ്യാമെങ്കിൽ ശരീരത്തിനെയും പ്രകൃതി മനസ്സിനെയും പ്രകൃതിയെടുത്ത് ശരിയാക്കിക്കോളും ആളെയൊക്കെ ഒരു അമ്മ കുളിപ്പിച്ച് ചളിയാക്കിയിട്ട് വന്ന കുട്ടിയെ പിടിച്ചിരുത്തി അമ്മ കുളിപ്പിക്കുമ്പോൾ കുട്ടി കുളിക്കണോ അമ്മ കുളിപ്പിച്ചോളും കുട്ടി ഇരുന്ന് കൊടുത്താൽ മതി അതുപോലെ പ്രകൃതിക്ക് പ്രകൃതിയുടെ സാധനങ്ങളെ വിട്ടുകൊടുത്ത് താനിരിക്കേണ്ടടുത്ത് താനിരുന്നാൽ നടക്കേണ്ടതൊക്കെ താനെ നടക്കും ആ ഒരു കല നമ്മള് മറന്നുപോയിരിക്കണം കാരണം എന്താന്ന് വെച്ചാൽ നമ്മളുടെ പടുപ്പ് തന്നെയാണ് കാരണം പഠിപ്പ് ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുമോ പറ്റില്ല നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി എന്ത് വേണം ശരിക്കും പഠിച്ച് പഠിപ്പിന്റെ ബാക്ക് മറ്റേ തലത്തിലേക്ക് പോകണം അല്ലാതെ ഇനി പടുപ്പിനെ നിന്ദിച്ചിട്ടോ പടുപ്പിനെ ഉപേക്ഷിച്ചിട്ടോ കാര്യമില്ല പഠിക്കാത്തവർ നമ്മളെക്കാളും മേലയാണെന്നും പറയാൻ പറ്റില്ല കാരണം പഠിപ്പും സ്കൂളിൽ പോകലും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുകളുടെ അടുത്തേക്ക് പോയാൽ അവര് നമ്മളെക്കാളും പ്രാകൃതമാണ് പലതരത്തിലും കാരണം അവർക്ക് അറിവുണ്ട് നമ്മളെ പോലെ തന്നെ സ്കൂൾ വിദ്യാഭ്യാസം വേറെ തലത്തിലുള്ള വിദ്യാഭ്യാസം പഠിപ്പുള്ളവർ ചിലപ്പോൾ ആസ്പത്രിക്ക് പോയിട്ടില്ലെങ്കിലും തമിഴ്നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തോ സുഖങ്ങൾ വന്നാലും പോയിട്ട് ഒരു സൂചി വരണം അവർക്ക് അവരൊന്നും അവരും പാവം അവരെയും ഒക്കെ നമ്മൾ കഴിഞ്ഞു അവർക്കും ഭാവം മോഡേൺ സാധനങ്ങളൊക്കെ അവരൊക്കെ കണ്ടുകഴിഞ്ഞു അപ്പൊ അവരും ഒന്നും നമുക്ക് പറയാമല്ലേ അപ്പൊ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ ശരിക്കും പഠിക്കുക പഠിപ്പിന്റെ ആ അറ്റത്തേക്ക് കിടക്കുക ഭാഗവതം പറയണത് ആര് നമ്പർ വൺ മൂഢനോ ആര് ബുദ്ധിക്ക് അപ്പുറം പോയവനോ രണ്ടുപേരും രക്ഷപ്പെടും എന്നാണ് ഒന്നിൽ നമ്പർ വൺ മൂഢനായിരിക്കണം ഒന്നും ഉണ്ടാവാൻ പാടില്ല ബുദ്ധി ചലിക്കാനേ പാടില്ല അയാളും ലോകത്തിൽ എന്തൊക്കെ നടന്നാലും സുഖമായിട്ടിരിക്കും അല്ലെങ്കിലോ ഇപ്പൊ നമുക്കത് നിർത്തിയില്ല ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇനി ഇങ്ങോട്ട് തന്നെ പോകണം അന്തരിതോചന നടുവിലുള്ള ആളുകളുടെ കാര്യമൊക്കെ കഷ്ടാണെന്ന് ഇനി നമുക്ക് അങ്ങനെ പോകാൻ പറ്റുള്ളൂ അപ്പൊ പഠിക്കേണ്ട രീതിയിൽ ശരിക്കും പഠിക്കണം ശാസ്ത്രങ്ങളെ അറിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെന്നുള്ള ജിജ്ഞാസയെ ഉപേക്ഷിച്ചിട്ട് പഠിപ്പിനൊക്കെ പ്രയോഗതാണ് ശ്രുതി വിപ്രതി പന്നാതെ യഥാസ്ഥാസ്യതി നിശ്ചല സമാധോ അചലാ ബുദ്ധിഹി തഥാ യോഗമവാപ്സ്യസി ഭഗവാൻ തന്നെ പറയണത് അനേക ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് കൺഫ്യൂസായി പഠിപ്പിനോട് തന്നെ മതിയായിട്ട് ചിന്തിക്കുന്നതിനു പോലും മടി വന്നിട്ട് തനിയ ഉള്ളിൽ ആ ചുമ്മായിരിക്കുന്ന സ്ഥിതി വരുന്നവരെ പഠിക്കാമെന്ന് അത് വന്നാൽ നമ്മളുടെ ഉള്ളിലെ കേന്ദ്രസ്ഥാനത്തുള്ള ബോധം സാക്ഷിയാണെന്നും നമ്മളെ ഭരിക്കുന്ന സർവേശ്വരനാണെന്നും പരമാത്മാവാണെന്നും നമ്മൾ കാണും അതുപോലെ ധന്യമായ ദർശനം എന്തുണ്ട് ഞാൻ നടക്കുമ്പോഴൊക്കെ ഭഗവാനെക്കോട്ട് നടക്കുന്നു ഇരിക്കുമ്പോൾ ഭഗവാനുമായിട്ടിരിക്കുന്നു എനിക്ക് സദാ ഞാനെന്ന അഭിമാനം ഉള്ളപ്പോ ആ സാക്ഷി ചൈതന്യം അവിജ്ഞാത സഖാവ് നമുക്ക് വിജ്ഞാത സഖാവായിട്ട് തീരും ഭഗവാൻ പറയണത് ശരിക്കും സത്യമറിഞ്ഞ ആള് ഭാഗവതത്തിൽ ഭഗവാൻ പറയണു കൂടെ നടക്കുന്ന സഖാവായി ഭഗവാനെ കൂട്ടിക്കൊണ്ട് നടക്കും സുഹൃതം സർവഭൂതാനാം എപ്പോഴും കൂട്ടുണ്ട് എപ്പോഴും സംരക്ഷണമുണ്ട് എപ്പോഴും അഭയമുണ്ട് എപ്പോഴും ശാന്തിയുണ്ട് എപ്പോഴും പ്രിയൻ കൂടെ ഉണ്ട് അന്തർഹൃദയത്തില് ഭഗവത് സ്വരൂപത്തിനെ സദാ അനുഭവിക്കുന്നു ആ ഭഗവാന്റെ സ്വരൂപത്തിനെയാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് നോക്കുക സാക്ഷാത് നിർദ്ദേശ എന്ന് ആചാര്യസ്വാമികൾ പറയുക ഉപദ്രാനുമർത്താഭോക്തേശ്വര ശ്ലോകത്തിലേദ്രാനുമാ उपद्रष्टा हनुमता भर्ता भोक्ता परमात्मा महेश अस्षा पर ई देहत् പരമപുരുഷനായ ഭഗവാൻ എന്തൊക്കെ പേരുകൾ കൊണ്ട് വിളിക്കപ്പെടുന്നു എന്ന് ഉപദ്രഷ്ട ദ്രഷ്ട എന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇതിനപ്പം ഉപദ്രഷ്ടെന്ന് പറയണതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്തിരുന്നു ഓരോ ആളുടെ ഉള്ളിലും അതാത് ആളിന്റെ ഉള്ളിലുള്ള സാക്ഷി പോലെ തോന്നപ്പെടുന്നു ഒരു പത്തുകുടത്തിൽ വെള്ളം വെച്ചാൽ പത്തുകുടത്തിലും സൂര്യൻ പ്രതിബിംബിക്കുന്നു ഓരോ കുടത്തിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് സൂര്യൻ പോലെ പ്രതിബിംബിക്കുന്നു ഒരേ ആകാശത്തിലുള്ള സൂര്യനാണോ ഓരോ കുടത്തിലും അതുപോലെ ഒരേ പരമാത്മാ ഓരോ ശരീരത്തിന്റെ ഉള്ളിലും ചിത്തത്തിനു പുറകിൽ സാക്ഷിയായി ഞാനെന്ന അനുഭവമായി അവബോധമായി ഉപദ്രാവായും അനുമതാവായും എല്ലാ അനുമാനങ്ങൾക്കും അനുമതികൾക്കും അനുമതികൾക്കുമൊക്കെ അനുമാതാവായിട്ട് അറിയപ്പെടുന്നവനായി സാക്ഷിയായി സമീപസ്ഥഹാസൻ ദ്രഷ്ട സ്വയം അവ്യാപൃത യഥാ ऋत्ग्यज यकर्म व्यापृतेषु तटस्थ अव्यापृ यकुशल ऋत्ग्यज व्यापारगुदोषाणिता तवच कार्यक्रप अव्याप अलक्षण त्यक्यापाराण सामीप्य उपद्रष्टा परदम कार्यक्रम मनसू उपाधि पलतुब अक्षियाबुत्म बाह्य दृष्ट देभ अंतरतमश्च प्रत्यक्समीपे आत्मा दृष्ट यहांतमस््रष्टा सह अतिशयसमीप्य दृष्टि उपद्रष्टा सैत् എല്ലാവർക്കും കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരിക്കുന്നത് കൊണ്ട് ഏറ്റവും സമീപസ്ഥൻ ശരീരം പോലും അത്ര സമീപമല്ല അത്ര സമീപമായിരിക്കുന്നത് കൊണ്ട് ഉപദ്രാ സാത്ത് യജ്ഞോപദ്രഷ്ടത്വാത്വാ ഓരോ യജ്ഞങ്ങൾ നമ്മൾ കർമ്മം ചെയ്യുമ്പോഴൊക്കെ അതിന് സാക്ഷിയായി ആകമേയിരുന്ന് കാണുന്നു അനുമോദനം അനുമനനം സു തത്രിയാസു പരിതോഷ തത്കർത്ത അനുമെന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്യുമ്പോ അതിനെ അനുമോദിച്ചുകൊണ്ട് സാക്ഷിയായ ഉള്ളിൽ ആ പ്രവൃത്തിക്ക് മൂലകാരണമായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് പരമാത്മേദിച്ച് അപ്യുക്ത ഭർത്താഭോക്താ മഹേശ്വര യഥാർത്ഥ ഭർത്താവും നമ്മളെ ഭരിക്കുന്നവൻ ആർത്ഥത്തിലാണ് ഭർത്താ എന്ന് പറയണത് ഭാര്യ ഭർത്താ എന്നൊക്കെ പറയുമ്പോ ഭർത്തൃശബ്ദത്തിനർത്ഥം ഭരിക്കുന്നവൻ എന്നാണല്ലോ യഥാർത്ഥ ഭർത്താവ് ആരാ അകമയുള്ളവനാണ് അതുകൊണ്ടാണ് ഗോപസ്ത്രീകൾ പറഞ്ഞത് ഗതിർ ഭർത്താവ് പ്രഭു സാക്ഷി അങ്ങാണല്ലോ അങ്ങാണ് യഥാർത്ഥ ഭർത്താവ് അങ്ങാണ് അമ്മ അങ്ങാണ് അച്ഛൻ അങ്ങാണ് ബന്ധു ഇത് അർത്ഥവാദമല്ല സത്യമതാണ് ഉപദ്രഷ്ട അണുമതാ ച ഭർത്താ എനിക്ക് വരുന്ന ഭോഗങ്ങളൊക്കെ ഭഗവാനാണ് അനുഭവിക്കുന്നത് ഭഗവാനാണ് അനുഭവിക്കണതെന്ന് ധരിച്ചാൽ പിന്നെ നമ്മൾക്ക് ഭോഗമേ ഇല്ല ഒക്കെ യോഗമാണ് ഞാൻ നടക്കുമ്പോ ഞാനല്ല നടക്കുന്നത് ഭഗവാനാണ് ഭക്ഷണം കഴിക്കുമ്പോ ഇത് സാധാരണ കാര്യത്തിൽ ഉപയോഗിക്കാനല്ല അത് നമ്മൾ അനുഭവിക്കണം എന്നാലേ പ്രയോജനമുള്ളൂ നിത്യനിരന്തര സഹജ സമാധിയാണ് സദാസമയം ഉള്ളിൽ ഭഗവാനാണ് കണ്ണുകൊണ്ട് കാണുന്നത് ഭഗവാനാണ് ചെവി കൊണ്ട് കഴിക്കണത് ഇത് അനുഭവത്തിലേക്ക് വരണില്ലെങ്കിലോ ആ അന്തര്യാമിയോട് തന്നെ പ്രാർത്ഥിക്കുക ഭഗവാനെ അങ്ങാണല്ലോ എന്റെ ഭർത്താവ് അങ്ങാണ് എന്നെ ഭരിക്കുന്നത് അങ്ങാണ് എനിക്ക് വഴി കാണിക്കണത് അങ്ങാണോ ഉള്ളത് ഞാനില്ല അങ്ങേ ഉള്ളൂ അങ്ങേ ഉള്ളൂ ഈ ഞാനെന്നുള്ള അഹങ്കാരം ഉള്ളിലുള്ള അന്തര്യാമിയാൽ വിഴുങ്ങപ്പെടുന്നവരെ അന്തര്യാമി മാത്രമായി നിൽക്കുന്നവരെ ആ അന്തര്യാമിയോട് തന്നെ യാചിച്ചുകൊണ്ടിരിക്കുക അഹങ്കാരത്തിനെ മൂലത്തിൽ ചേർത്തുകൊണ്ടേയിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക കരഞ്ഞുകൊണ്ടേയിരിക്കുക ഭഗവാനെ അങ് എന്നെ പിടിച്ചോളൂ ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അന്തര്യാമി എന്നൊന്നും പറയണതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഭക്തിയുടെ ഭാഷയിൽ പ്രാർത്ഥിച്ചാലും മതി ഭഗവാനെ അങ്ങ് എന്നെ പിടിച്ചോളൂ എനിക്ക് അറിയില്ല ലോകത്തിൽ എങ്ങനെ ജീവിക്കണമെന്നറിയില്ല എന്ത് ചിന്തിക്കണമെന്നറിയില്ല എന്ത് പ്രവർത്തിക്കണമെന്നറിയില്ല നാളെ പ്രാരബ്ധത്തിൽ എന്ത് വരാൻ പോകണമെന്ന് അറിയില്ല എല്ലാം അങ്ങയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു ഞാൻ യന്ത്രമാണ് അങ്ങ് യന്ത്രയാണ് അങ്ങ് എന്ത് ചെയ്യിക്കുന്നു അതുപോലെ ഞാൻ ചെയ്യാം അങ്ങ് എന്ത് ചിന്തിപ്പിക്കുന്നു അതുപോലെ ഞാൻ ചിന്തിക്കാം അങ്ങ് എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു അതുപോലെ ഞാൻ പ്രവർത്തിക്കാം എന്റേതായിട്ടൊന്നുമില്ല ഞാനേയില്ല ഇത് വീണ്ടും വീണ്ടും മന്ത്രം പോലെ പറയണം എത്ര കാലം പറയണം അത് സ്വാനുഭവത്തിലേക്ക് വരണവരെ പറയണം നമുക്ക് സഹജമായ അനുഭൂതി വരണവരെ പറയണം മന്ത്രം പോലെ വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഭഗവാന്റെ അടുത്ത് തന്നെ കരഞ്ഞുകൊണ്ട് പറയണം ഭഗവാനീ ഞാനില്ല അങ്ങേ ഉള്ളൂ ഈ ശരീരം അങ്ങേടെയാണ് ഈ മനസ്സ് അങ്ങയുടെയാണ് മനസ്സ് പിടിച്ചാൽ കിട്ടാതാവുമ്പോ പ്രത്യേകിച്ച് പറയണം മനസ്സ് ഭഗവാൻ എന്റെ മനസ്സല്ല ഈ മനസ്സിനെ വെച്ചുകൊണ്ട് എനിക്ക് പാടുപെടാൻ വയ്യ ഈ മനസ്സങ്ങേടെയാണ് ഇതാ ഏൽപ്പിക്കുന്നു മനസ്തേ പാദാബ്ജെ നിവസത്തു എന്റെ മനസ്സങ്ങായിട്ട് ഇതാ തരണം എന്റെ കയ്യിൽ വെക്കണില്ല ഞാൻ വിചാരിച്ചിട്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല ശരീരത്തിന് ആരോഗ്യമില്ലെങ്കിൽ ആ ശരീരത്തിനെയും അർപ്പിക്കുക ഭഗവാൻ ഇതാ ഈ ശരീരത്തിന് അങ്ങയുടെ പാദത്തിൽ അർപ്പിക്കണം എന്റെ അല്ല ഈ ശരീരം അങ്ങയുടെ ഇങ്ങനെ ഭക്തിയുടെ ഭാഷയിലാണെങ്കിലും ശരീരത്തിനെയും മനസ്സിനെയും കോൺസ്റ്റന്റ് ഡീകോയിസൈസിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഡീസെൻട്രലൈസിംഗ് ഡീസെൻട്രലൈസിംഗ് എന്ന് പറഞ്ഞാൽ ഈഗോ സെൻട്രറിൽ നിന്ന് എടുക്കണു അത്രേയുള്ളൂ ബട്ട് യു വിൽ ബി സെന്റേഡിംഗ് യുവർ റിയൽ സെൽഫ് ിൽ നിന്ന് നീങ്ങാനാണ് ഈ സാധനം വ്യക്തിമണ്ഡലത്തിൽ നിന്ന് നീങ്ങിയാൽ സത്യമണ്ഡലത്തിലിരിക്കും അങ്ങനെ നിത്യനിരന്തരമായി ഭഗവാനേ ഉള്ളൂ ഭഗവാനാണ് ഈ ദേഹത്തിന്റെ കേന്ദ്ര ബന്ധുവായിട്ടിരിക്കുന്നത് ഭഗവാനാണ് ചലിക്കുന്നത് എന്ന് പറഞ്ഞ് അമ്പലത്തിലും അവിടെയും ഇവിടെയൊക്കെ പൂട്ടിവെച്ചിട്ടുള്ള ഭഗവാനെ നിത്യനിരന്തരം നമ്മളിലുള്ളതായി കണ്ടുപഠിക്കണം ജപോ ജൽപ്പശിൽപം സകലമപി മുദ്രാ വിരചനാ ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാതി ആഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണ ദൃശ സപര്യാ പര്യാ തവഭവതു എന്മേ വിലസിതം സൗന്ദര്യലഹരിയിലാചാര്യസ്വാമിയുടെ വാക്കാണ് ജപോ ജൽപ്പ ശില്പം ഞാൻ പറയുന്നതൊക്കെ ജപമായിട്ട് തീരട്ടെ ഞാൻ കാണിക്കുന്നതൊക്കെ മുദ്രകളായിട്ട് തീരട്ടെ സകലമ പിദ്രാ വിരചന ഗതിഹി പ്രാദക്ഷിണ്യക്രമണം നടക്കുന്നതൊക്കെ പ്രദക്ഷിണമായിട്ട് തീരട്ടെ അശനാദി ആഹുതി വിധി ഹി ഞാൻ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അകമയ്ക്ക് ആഹുതിയായിട്ട് തീരട്ടെ പ്രാണാഗ്രിഹോത്രമായിട്ട് തീരട്ടെ പ്രണാമസന്ദേശ സുഖമഖിലം നീണ്ടു നിർന്ന് കിടക്കുന്നതൊക്കെ സപര്യാപര്യാ അമ്മയ്ക്ക് സമാധിയായിട്ട് തീരട്ടെ ധ്യാനമായിട്ട് തീരട്ടെ തവഭവതു എന്മേ വിലസിതം എന്ത് ചെയ്യുന്നു അതൊക്കെ തന്നെ യജ്ഞത് കർമ്മ കരോമി തത്വിലം ശംഭോതവ ആരാധനം അതെപ്പോ വരും ഈ തത്വം അറിഞ്ഞാലേ വരള്ളൂ എന്റെ സെന്ററിലിരിക്കുന്നത് ഞാൻ എന്ന ജീവനല്ലെന്നും പരമേശ്വരനാണെന്നും അറിയ അറിഞ്ഞാൽ ആ ശരീരം അലൗകികമായിട്ട് തീർന്നു പിന്നെ ആ ശരീരം ലൗകികമല്ല ആ ശരീരത്തിന്റെ പ്രവൃത്തി ലൗകികമല്ല അത് വാസ്തവത്തിൽ സ്വാനുഭൂതിയായിട്ട് തീർന്നാൽ ശരീരത്തിന്റെ നിയന്ത്രണം ഈഗോവിന്റെ പിടിയിൽ നിന്നും സർവേശ്വരന്റെ കൃപയിലേക്ക് വരും അപ്പൊ ജീവൻ സ്വതന്ത്രമാവും അത് മാത്രമേ സ്വാതന്ത്ര്യത്തിനു വഴിയുള്ളൂ നമ്മളുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം നമ്മുടെ ആ സ്വതന്ത്രതാണ് അതിനാദ്യപടിയാണ് ചുമ്മാ ഇരുന്ന് പഴകുക പറയുന്നത് കുറച്ചു അങ്ങനെ ക്ഷേത്രക്ഷേത്രജ്ഞന്മാർക്ക് ഉള്ള സംയോഗത്തിനെയും അതിന്റെ തത്വത്തിനെയും അറിയുന്ന ആള് ഭഗവത് സാക്ഷാത്കാരം നേടുമെന്നാണ് ഭഗവാൻ പറയണത്